ാമത്തിൻ്റെ മഹത്വം നമ്മുടെ യൂത്ത് മീറ്റിങ്ങിൻ്റെ അവസാന സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ തീമായിട്ട് എടുത്ത വാക്യം നമുക്കൊന്ന് വായിക്കാം ഒന്ന് തീമത്തിയോസ് ആറാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പ് എഴുതുക നിത്യജീവനെ പിടിച്ചു നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പിടിക്കണമെങ്കിൽ എന്ത് വേണം പിടിക്കണമെങ്കിൽ കൈ ഒഴിവ് വേണം ഒരു കൊച്ചു കാര്യമാണ് കൈ ഒഴിവുണ്ടെങ്കിൽ പിടിക്കാൻ ഒക്കെ ഉള്ളു കയ്യെ ഒഴിവില്ലാതെ വേറെ വല്ലതേലും കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തു പറ്റുകയില്ല നിത്യജീവനെ പിടിക്കാനായിട്ട് ഒക്കുകയില്ല നിത്യജീവനെ പിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ആറിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം നോക്കുക സാക്ഷാലുള്ള ജീവനെ പിടിച്ചു പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ കോൺഫറൻസില് മുതിർന്ന സഹോദരന്മാർ പലരും ചെറുപ്പക്കാരായ ആളുകളെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നത് പൗലോസ് തൻ്റെ ചെറുപ്പക്കാരനായ സഹപ്രവർത്തകനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ആവർത്തിച്ചാവർത്തിച്ച് വരുന്നത് പിടിച്ചുകൊള്ളണം പിടിച്ചുകൊള്ളണമെന്നുള്ള നിത്യജീവനെ പിടിച്ചുകൊള്ളുക 19 പത്തൊൻപതിൽ നമ്മൾ വീണ്ടും വായിച്ചു സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇടവേളയിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരം ചോദിക്കായിരുന്നു നമ്മൾ ഈ ബൈബിളൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള എന്തെങ്കിലും ഒരു എളുപ്പവഴി ഒരു എല്ലാ ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഒരു സൂത്രവാക്യങ്ങളും ചില ടെക്നിക്സും ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കുണ്ടോ ബൈബിൾ വായിക്കാനുമൊക്കെ എന്ന് ചോദിക്കായിരുന്നു ഞാനും അന്നേരം വിചാരിച്ചു എന്താ അതിനൊരു ടെക്നിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് തീരുമാനിച്ചത് ഇങ്ങനെയാണ് നമുക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹത്തെ മുറുകെ പിടിക്കാൻ പറ്റിയാൽ അതിനോട് ചേർന്ന് എന്തോ വന്നോളും ബാക്കി ബൈബിള് വായിക്കുക പ്രാർത്ഥിക്കുക മീറ്റിങ്ങിന് പോവുക കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇതെല്ലാം അതിൻ്റെ കൂടെ കൃത്യമായിട്ട് വന്നോളും അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ പൗലോസ് തൻ്റെ ഇളയ സഹപ്രവർത്തകനെ പല കാര്യങ്ങളും ഉത്ബോധിപ്പിച്ച് എഴുതുമ്പോൾ തന്നെ കൂടെ കൂടെ ആവർത്തിച്ചു പറയുന്നത് നിത്യജീവനെ പിടിച്ചോണം അത് പിടിച്ചാൽ ആ ഇറ്റേണൽ ലൈഫിനെ പിടിക്കുന്നത് നീ നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റിയാൽ അതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ കൃത്യമായ കള്ളിയിൽ വന്ന് വീടുകൊള്ളും എന്നാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിത്യജീവനെ പിടിക്കണം നമ്മൾ കൈകൊണ്ട് ഒരു കാര്യത്തെ പിടിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ കൈകൊണ്ട് നിത്യജീവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്തു വേണം നമ്മുടെ കഴിവ് കയ്യ് ഒഴിവ് വേണം അത് വേറെ എന്തിനെയെങ്കിലും പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റുകയില്ല അതുകൊണ്ടാണ് ഒന്ന് തീമത്തിയോ സാറിൻ്റെ പന്ത്രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ പറയുന്നു നീയെ ആറിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പതിനൊന്ന് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി വേറെ ചിലതുണ്ട് അത് വിട്ടിട്ട് നീ നീതി ഭക്തി വിശ്വാസം സ്നേഹക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക നിത്യജീവനെ പിടിക്കണമെന്ന് പറയുമ്പം വേറെ ചിലത് എന്ത് വേണം വിടണം വിടണം വിടാതെ പിടിക്കാനൊക്കെ ഇല്ല എന്താണ് വിടേണ്ടത് വിടണ്ടതെന്താണെന്ന് അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട് അതിൻ്റെ നോക്കിയാൽ അതിൻ്റെ ആറു മുതലുള്ള വാക്യം ഒന്നത്തേമ്പത്തിയോ സാറിൻ്റെ ആറു മുതലുള്ള വാക്യങ്ങളിൽ അലംഭാവത്തോടു കൂടിയ തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും പത്താം വാക്യം ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ എന്ന് പറഞ്ഞിട്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ള പോയി അത് വിട്ടോടി അപ്പോൾ ഏതാണ് വിടേണ്ടത് വിടേണ്ടത് പണത്തോടുള്ള ആ ഒരു പറ്റുമാനം വിടണം അത് വിട്ടാലേ നമുക്ക് സാക്ഷാൽ ഉള്ള ജീവനെ പിടിക്കാനൊക്കെ ഉള്ളു ശരിയല്ലേ അത് ഇന്ന് ഈ ലോകത്തുള്ള മനുഷ്യർ ഇത്ര അനന്തകോടി മനുഷ്യരുണ്ട് ഈ മനുഷ്യരൊക്കെ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരാകാത്തത് എന്തുകൊണ്ടാകാത്തത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം ചിന്തിക്കാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊരു ഗൗരവം വരാതെണ്ണം അവർ കാര്യത്തിൻ്റെയൊക്കെ പുറകെയാണ് അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇതൊന്ന് പിടിക്കാൻ അതൊട്ട് കഴിയേയില്ല ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട് അലക്കൊന്നൊഴിഞ്ഞിട്ട് വേണം രാമേശ്വരത്ത് പോകാൻ എന്നൊരു ചൊല്ലുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പുതിയ ചെറുപ്പക്കാരൊന്നും പഴയ ചൊല്ലുകൾ കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ചെ രാമേശ്വരം എന്ന് പറയുന്നത് ഹൈന്ദവ സങ്കല്പനുസരിച്ച് തീർത്ഥാടന കേന്ദ്രം അവിടെ ചെന്നാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടും അവിടെ ഒന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട് രാമേശ്വരത്തൊന്ന് പോകണം പക്ഷേ ഇവിടുത്തെ വീട്ടിലെ അലക്കൊന്നൊഴിഞ്ഞിട്ട് വേണ്ടേ രാമേശ്വരത്ത് പോകാൻ എന്നാണ് ചൊല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദൈനംദിന ജീവിതത്തിലെ ഈ തിരക്കൊന്നൊഴിഞ്ഞിട്ട് വേണ്ടേ നിത്യജീവനെക്കുറിച്ചും സാക്ഷാൽ ജീവനെക്കുറിച്ചും വരും ലോകത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിക്കാൻ പിശാജ് ഈ സകല മനുഷ്യരെയും ഈ പറഞ്ഞതുപോലെ ഈ ആടിനെ പച്ചല കാണിച്ച് കശാപ്പ് കടയിലേക്ക് നടത്തുന്നത് ഈ പണം പണം അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ മൂല്യങ്ങളുടെ ഒരു പച്ചില കാണിച്ച് ഈ ആളുകളെ എല്ലാം നടത്തിക്കൊണ്ടു ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് ഈ കശാപ്പ് ശാല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ധാരാളം ആടുകളെയും കാളകളെയും ഒക്കെ അറുക്കുന്ന സ സമയമാണ് നിങ്ങളാരെങ്കിലും ഈ അറുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് അവിടെ ഈ ഈ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാകും ആണ് കന്നുകാലികളെ ഇറക്കുന്ന ഒരു വലിയ ആഘോഷം അപ്പോൾ എന്തു ചെയ്യും അന്ന് കന്നുകാലികളെ ഇറക്കാനായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഇത് അറിവ് സ്ഥലത്തേക്ക് ഇത് നടന്നില്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്ത് കിട്ടും ഒരു പച്ചില കിട്ടും ആ പച്ചില ഈ ആട് വിചാരിക്കും ഇപ്പോൾ ഒരടിയൂടെ നടന്നാൽ എന്ത് കിട്ടും ഇതേ കയറി കടിക്കാമെന്ന് വിചാരിച്ച് ആട് മുന്നോട്ട് നടക്കും അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നടക്കുകയില്ല പുറകോട്ട് വലിഞ്ഞ് നിൽക്കുകയുള്ളൂ എന്നാൽ അതിൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു ഒരടി അകലത്തിൽ ഒരു പച്ചിലയുടെ നാമ്പ് ഇങ്ങനെ കെട്ടിയിട്ടാൽ ഈ പാവം ആട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കന്നുകാലി വിചാരിക്കുന്നത് എന്താ ഇനി ഒരടി നടന്നാൽ എനിക്കെന്ത് കിട്ടും ഈ പച്ചിലെ കടിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒരടി നടക്കും അപ്പോൾ ഒരടി നടക്കുമ്പോൾ എന്ത് പറ്റും ഈ പച്ചില ഒരടിയുടെ മുമ്പോട്ട് മാറും ഇതിന് മനസ്സിലാകുകയല്ല ഇത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകാതെ ഇത് ഈ പച്ചിലെ പിന്തുടർന്ന് പിന്തുടർന്ന് പിന്തുടർന്ന് അവസാനം എവിടെ ചെന്ന് ചെല്ലും കശാപ്പ് നടക്കുന്നിടം വരെ അത് കൃത്യമായിട്ട് ചെല്ലും എന്ന് പറഞ്ഞതുപോലെ പിശാജ് എന്ത് ചെയ്തിരിക്കുക പിശാജ് ഈ ആളുകളുടെ മുമ്പിലൊക്കെ ഈ തനാശ എന്നു പറഞ്ഞ ഒരു കാര്യത്തെ കൊണ്ടുവന്ന് കെട്ടിവെച്ചേക്കുക ഇനി അത് കൂടുതൽ നേടിയാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ രഹസ്യം എന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ രഹസ്യം എന്നൊരു കഥ ഏ അതായത് ഒരു ദിവസം പിശാജ് ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ പിശാജ് പിശാജ് നോക്കുമോ പിശാജ് നോക്കും നോക്കും അവൻ ഊടാടി സഞ്ചരിക്കും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ഏ തളരാത്ത ഒരു പ്രവർത്തകനാണല്ലോ അവൻ അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധ എല്ലാവരുടെ മേലുമുണ്ട് അവനൊരു ദിവസം നോക്കിയപ്പോൾ ഒരു കർഷകൻ ഒരാൾ എന്താ വളരെ തൃപ്തനായിട്ട് ജീവിക്കുന്നു തൃപ്തനായിട്ട് ജീവിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ തൃപ്തി ഇയാളുടെ തൃപ്തി കളയാൻ വേണ്ടി പിശാജ് അയാളുടെ മുമ്പിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയടങ്ങി ഒരു പേഴ്സ് കൊണ്ടിട്ടു എന്നാണ് കഥ കർഷകൻ എന്താ വഴിയെ നടന്നു പോയപ്പോൾ പേഴ്സ് കിട്ടി ചാടി വീണു അതിൽ വീണ് നോക്കിയപ്പോൾ എത്ര രൂപയുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് ആ ഒരു രൂപയോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായേ നൂറ് രൂപ തികച്ച് വീട്ടിൽ ആലമാരി കൊണ്ടുവന്ന് വെക്കുമായിരുന്നു ഭാര്യയ്ക്കും ഒക്കെ സന്തോഷമാകുമായിരുന്നു അപ്പോൾ ഒരു രൂപ ഒരു രൂപയുടെ കുറവുണ്ട് ഈ ഒരു രൂപ നേടാനുള്ള അധ്വാനമായി കർഷകൻ്റെ തുടർന്നുള്ള ജീവിതം എന്നുവെച്ചാൽ കൃഷിപ്പണിയിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയെങ്കിലും മിച്ചം വെച്ചിട്ട് വേണമല്ലോ ഒരു രൂപ കിട്ടാൻ കൃഷിപ്പണിയിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ ഭക്ഷണം വാങ്ങിക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ ചിലവഴിച്ച് ചിലവഴിച്ച് മിച്ചം വെക്കാൻ ഒരു രൂപ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഈ മനുഷ്യൻ്റെ തൃപ്തിയും സന്തോഷവും നഷ്ടപ്പെട്ടു ഏരോ ദിവസവും രാവിലെ എണ്ണീക്കുമ്പോൾ ചിന്തയാണ് എങ്ങനെയാണ് ഈ ഒരു രൂപ ഉണ്ടാക്കുന്നത് ഒരു രൂപ ഉണ്ടാക്കുന്നു കൃത്യം തൊണ്ണൂറ്റമ്പത് രൂപയുടെ അടങ്ങിയ പേഴ്സാണ് കൊണ്ടുവന്ന് ഇട്ടത് ഒരു രൂപയുടെ വേണം പച്ചില കാണിച്ച് നടത്തുക ഒരു രൂപ ഒരു രൂപ ഒരു രൂപ കഥയാണേ കഥയാണ് പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് എന്താ കാര്യം പിശാചിങ്ങനെ ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം അവിടെ ഉള്ളത് ആരും തൃപ്തനല്ല ഇതിൻ്റെ പേ കമ്മീഷൻ ഈയിടെ വന്നു പക്ഷെ അത് ഇത്ര രൂപയുടെ എൻ്റെ സ്കെയില് അവിടെ ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഡി എയുടെ ചേർത്ത് എന്നൊക്കെയാണ് ചർച്ച ശരി അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു ചങ്ങാതി അടുത്ത തവണയോ അടുത്ത തവണ അതിച്ചിലൂടെ കൂട്ടി ഫിക്സ് ചെയ്തിരുന്നെങ്കിൽ ഇതിനൊരു അന്തമില്ല അന്തമില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ കാര്യത്തെ ആദ്യം തന്നെ വിട്ടില്ലെങ്കിൽ നമുക്ക് നിത്യജീവനെ പിടിക്കാൻ ഒക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുകയല്ലേ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നു പഠിക്കുന്നത് എന്തിനാണ് നല്ലൊരു ജോലി കിട്ടാൻ നല്ലൊരു ജോലി വേണം പണം വേണം വീട് വേണം കയറി സഞ്ചരിക്കാൻ വാഹനം വേണം അപ്പോൾ പണമില്ലാതെ ഇതുവല്ലോ നടക്കുമോ പണം വേണ്ടേ പണം വേണം പക്ഷേ എന്ത് വേണ്ട പണത്തോടുള്ള ആശ വേണ്ട ആശ വേണ്ട അല്ലാതെയും മനുഷ്യനെ തൃപ്തിയായിട്ട് ജീവിക്കാൻ ഒക്കും ഒരിക്കലും ഇവിടെ ഒരു യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ വന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരാൾ ഗൾഫിൽ വളരെ വർഷങ്ങൾ ജോലി ചെയ്തു വളരെ വർഷങ്ങൾ ജോലി ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എന്താ പണം ഉണ്ടെങ്കിൽ പണം ധാരാളം സമ്പാദിച്ച് നാട്ടിൽ ചെന്നാൽ പിന്നൊന്നും അറിയണ്ട പിന്നെ സുഖം ഏ കാലും വെച്ച് പത്രമൊക്കെ വായിച്ച് ചാരിയ സേരിയലൊക്കെ ഇങ്ങനെ കിടന്ന് ആഹാ ജീവിതം ഒരു ഗാനം എന്നുള്ള മട്ടിൽ അങ്ങനെ ശേഷിച്ച കാലം സന്തോഷമായിട്ട് കഴിക്കുക അതിനുവേണ്ടി ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും മരുഭൂമിയിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായി മുപ്പത് വർഷമോ മാറ്റോ അങ്ങനെ മുപ്പത് വർഷം അധ്വാനിച്ച് കിട്ടിയ പണമൊക്കെ ആയിട്ട് അവസാനം അദ്ദേഹം റിട്ടയറായി നാട്ടിലേക്ക് വരിക നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിചാരിച്ചു അതെന്ത് വേണം അതിവിടുത്തെ നാണയമൊക്കെ ആക്കി മാറ്റിയാൽ ചിലപ്പോൾ അതൊന്നും അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് ഡോളറാക്കി കൊണ്ടുവരാം എന്ന് വിചാരിച്ച് ആ പണം എല്ലാം ഡോളറാക്കി അത് അദ്ദേഹം ഒരു പ്രത്യേക കിട്ടിയ പണമെല്ലാം ഡോളറാക്കി മാറ്റി അദ്ദേഹം തൻ്റെ ശരീരത്തോട് ചേർത്ത് ഒരു ജാക്കറ്റിട്ട് അതിൽ അതിൻ്റെ പോക്കറ്റിലൊക്കെ ഇത് വെച്ച് വളരെ സന്തുഷ്ടനായിട്ട് വരിക വരുന്ന വഴിക്ക് കഥയിലെപ്പോഴും ഇങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുമല്ലോ നമ്മുടെ ഈ കഥയിലും ഡോക്ടർ പറഞ്ഞ കഥയിലും ഒരനർത്ഥം സംഭവിച്ചു എന്ത് സംഭവിച്ചു വിമാനം വന്ന വഴിക്ക് വിമാനം തകർന്ന് കടലിൽ വീണു കടലിൽ വീണു ഭാഗ്യത്തിന് നമ്മുടെ ഈ ചങ്ങാതി മരിച്ചുപോയില്ല ജീവനോടെ ജീവനോടുണ്ട് ഒരു കുഴപ്പവും പറ്റിയില്ല ഒരു കുഴപ്പവും പറ്റിയില്ല കടലിൽ വീണു നീന്താൻ അത്യാവശ്യം പൊങ്ങി കിടക്കാൻ അറിയാം അദ്ദേഹം അങ്ങനെ പൊങ്ങി കിടന്ന് അങ്ങനെ കിടന്നപ്പോൾ അദ്ദേഹം തപ്പി നോക്കുക എന്താ ഡോളറൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം കൃത്യമായിട്ട് വെള്ളം ചേരാത്ത അറയിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുക അതുകൊണ്ട് അദ്ദേഹം തൃപ്തനാണ് പക്ഷേ സമയം കടന്നു പോവുക സമയം കടന്നു പോകുമ്പോൾ കടലിൽ ചൂടുണ്ട് വെയിലുണ്ട് തലയിൽ വെയിൽ കൊള്ളുന്നു ദാഹം വരുന്നു വെള്ളം കുടിക്കാമെന്ന് വെച്ച് വെള്ളം കുടിക്കുമ്പോൾ എന്താ ഉപ്പുവെള്ളമോ ഉപ്പുവെള്ളം ഉപ്പുവെള്ളമോ കുടിക്കാനൊക്കെയല്ല കുടിക്കാൻ വയ്യ അങ്ങനെ സമയം നീണ്ടു ഞാൻ കഥ നീട്ടുന്നില്ല ചുരുക്കം കഥയുടെ അവസാനം ഇങ്ങനെയാണ് ആ അവസാനം അദ്ദേഹത്തെ വന്ന വള്ളക്കാരോട് ഇദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ഈ ഡോളർ മുഴുവൻ തരാം എനിക്ക് ഒരു കപ്പ് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നു മനസ്സിലായോ ഡോളർ എന്ത് മാറ്റുകയില്ല ദാഹം മാറ്റുകയാണ് ദാഹം മാറ്റുക സത്യത്തിൽ ഈ മനുഷ്യൻ വിചാരിച്ചിരുന്നത് താനിത് പണം സമ്പാദിച്ചിത് ഡോളറാക്കി മാറ്റിയാൽ പിന്നീട് തനിക്ക് ജീവിതത്തിൽ ഒരു മുട്ടും വരികയില്ലെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അല്പം വെള്ളം കുടിക്കാൻ കി വെള്ളം തന്നെ കുടിച്ചാലേ ദാഹമടങ്ങൂ അല്ലാതെ ഡോളർ കുടിച്ചാൽ ദാഹമടങ്ങുകയില്ല കണ്ടോ കണ്ടോ ആളുകളെല്ലാം ലോകം മുഴുവൻ ഒരു ചതിയിലാണ് പലപ്പോഴും നമുക്ക് അത്യാവശ്യം ജീവിച്ചാൽ പോരെ ഇവിടെ ഇതാ പൗലോസ് കുറച്ചൊരു ഒരു എന്താ ഒരു ഫിലോസഫിക്കലായിട്ട് പറയുക ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല പുതിയ കാര്യം വല്ലതും ആണോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ വല്ലതും വന്നു എൻ്റെ വീട്ടിൽ ഈയിടെ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നിച്ചു പറഞ്ഞു ഞാൻ ഓടിച്ചെന്നപ്പോൾ അവരുടെ കൈ ചുരുട്ടിപ്പിടിച്ചേക്കുന്നു ഇനി ഇതിൻ്റെ അകത്തെങ്ങാണും വലിയപ്പനും ഒരു സ്വർണ്ണനാണയം കൊണ്ടാണോ വന്നേക്കുന്നു ഞാൻ കൈ വിടുതിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല ഇഹലോകത്തിലേക്ക് ഒന്നും നമ്മളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല മരിച്ച് നമ്മൾ ഇന്നലെ ഞാൻ രാത്രിയിൽ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു മാതാവ് മരിച്ചു ആ വീട്ടിൽ പോയിരിക്കായിരുന്നു മരിച്ചു പോകുന്ന ആൾ ആ ആളിൻ്റെ കൈ വല്ലതും കൊടുത്തയക്കുമോ ഒന്നും കൊടുത്തയക്കാനും ഒക്കുകയില്ല ഇഹലോകത്തിലേക്ക് നമ്മളാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ഉണ്മാനും ഉടുപ്പാനും എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന കാലഘട്ടത്തോട് ചേർന്ന് നമുക്ക് പല ആവശ്യങ്ങളുണ്ട് അതിനെ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല പക്ഷേ അവിടെ കണ്ടോ അവിടെ അടിവരയിടേണ്ട വാക്കെന്ന് പറയുന്നത് മതി എന്ന വാക്ക തൃപ്തി മതി ഉണ്മാനും ഒരു ഫോണുമുണ്ട് ഒരു ഫോൺ കിട്ടുമ്പോൾ അയ്യോ അത് ടച്ച് ഫോണല്ലോ മറ്റേതാണ്ട് ഫോൺ വേണോ അങ്ങനെ അങ്ങനെ അങ്ങനെ മതി ഓ എന്താ വാട്ട് ഈസ് ആഫ്റ്റർ റോൾ തൃപ്തിയാണ് പ്രധാനം തൃപ്തിയാണ് പ്രധാനം ആ തൃപ്തി അതുകൊണ്ട് ഈ തനാശ വിട്ട് ഓടണം എന്നാണ് ഇവിടെ പറയുന്നത് അത് വിട്ടാലേ അത് വിട്ടാലേ ഇതിനെ പിടിക്കാനായിട്ട് ഒക്കെയുള്ളൂ നമുക്ക് വേഗത്തിൽ തന്നെ തീമത്തിയോസിന് പറഞ്ഞ വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം രണ്ട് തീമത്തി ഹോസ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ കർത്താവിനെ വിളിച്ച് എല്ലാവരോടും സമാധാനവും ആചരിക്കുക കണ്ടോ വീണ്ടും വിടാൻ പറഞ്ഞിരിക്കുന്നു എന്തുവാ ഇവിടെ വിടാൻ പറഞ്ഞേക്കുന്നത് നേരത്തെ വിടാൻ പറഞ്ഞത് ധനത്തോടുള്ള ആശയായിരുന്നു ഇവിടെ വിടാൻ പറഞ്ഞേക്കുന്നത് യൗവനമോഹങ്ങളാണ് യൗവനമോഹങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിരിക്കുമ്പോഴുള്ള ആ ലസ്റ്റ് അത് അതുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ ഒക്കുകയില്ല നിത്യജീവനെ പിടിക്കാൻ കൈ ഒഴിയില്ല കയ്യെല്ലാം ഏതിലാണ് കയ്യെല്ലാം മറ്റേ കാര്യത്തിലാണ് ഈ കൈ ഒന്നും ഒഴിഞ്ഞിട്ട് വേണ്ടേ അലക്കൊഴിഞ്ഞിട്ട് വേണ്ടേ പ്രിയപ്പെട്ടവരെ അത് രണ്ടാമത്തെ കാര്യം ഒന്നാമത് പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള ലക്ഷ്യവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി കാണണം ബന്ധപ്പെടുത്തി കാണണം അതായത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പോകേണ്ട ഒരു ജോലി ഒരു വശത്ത് പക്ഷേ അതിന് റെമ്യൂണറേഷൻ കൂടുതലാണ് സാലറി കൂടുതൽ എന്നാൽ വേറൊരു ജോലിയോ കുറച്ചുകൂടെ ലക്ഷ്യമില്ല സാലറി കുറവാണ് നമ്മൾ ഏതെടുക്കണം നമുക്ക് മീറ്റിംഗിന് പോകണം നമ്മൾ പ്രയോറിറ്റി നമ്മൾ ഫിക്സ് ചെയ്യണം അപ്പോൾ നോക്കുക ഒന്നാമത് ഈ ധനാശ എന്ന് പറഞ്ഞ കാര്യത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുമാണ് നിങ്ങൾ പലതും അഭിമുഖിക്കാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ പറഞ്ഞ വിട്ടോടുക എന്ന് പറഞ്ഞ രണ്ടാമത് നമ്മൾ പറഞ്ഞതോ അത് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിൽ തന്നെ യൗവനമോഹങ്ങളെ വിട്ട് ഓടണം യൗവനമോഹങ്ങൾ അതും ഒരളവിൽ പിശാചിന് നമ്മുടെ വിരുത് തെറ്റിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ പിടിച്ചിരിക്കുന്ന ഒരു പച്ചിലയാണ് എന്ന് തന്നെയല്ല ഈ ലോകത്തിൻ്റേതായ ജഡത്തിൻ്റേതായ ഈ സുഖങ്ങളുടെ പിന്നാലെ പോയാൽ ഇത് പിശാജ് ഒരു പ്രത്യേക തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇന്ന് നമുക്ക് അതിൻ്റെ കൊണ്ട് ഒരു അതിൻ്റെ ഒരു പ്രത്യേക ഒരു അളവ് കൊണ്ട് നമുക്ക് ഇന്ന് തൃപ്തിയാകുമെങ്കിൽ നാളെ അത്രയും അളവ് കൊണ്ട് നമുക്ക് തൃപ്തി വരികയില്ല ഇച്ചിലൂടെ അളവ് കൂട്ടിയാലേ പറ്റുള്ളൂ പറഞ്ഞത് മനസ്സിലായോ സിഗർട്ട് വലിക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുക സിഗർട്ട് വലിക്കുന്ന ആൾ ഒരു ഒരു ഒരു ദിവസം അയാൾ രണ്ട് സിഗർട്ട് ആദ്യകാലത്ത് വലിച്ചുകൊണ്ടിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു ദിവസം രണ്ട് സിഗർട്ട് വലിച്ചാലൊന്നും ശരിയാകുകയില്ല ഒരു നാലെണ്ണം വലിച്ചാലേ പറ്റുള്ളൂ അതിൻ്റെ അടുത്ത മാസമോ അതിൻ്റെ അട അടുത്ത മാസം അതേ കിക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടണം മദ്യപിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് ഞാൻ ഈ രാത്രി വണ്ടി ഓടിച്ചു വരുമ്പോൾ മദ്യപന്മാരെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഏഹ് അതുകൊണ്ടാണ് ഞാൻ ഇവരെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയും ഈ ചങ്ങാതികളെ ഓ നോക്കുക അവർ ആദ്യകാലത്തൊക്കെ എന്ത് മതി രാവിലെ ഒരു ഒരു എന്തോ അതിൻ്റെ ഒരു പ്രത്യേക അളവുണ്ട് ഒരു ആ പഗോ എന്താ അതിൻ്റെ പേരെന്താ ആ അത് മതി മതി മതി മതി പക്ഷെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്താ പോരാ അതുകൊണ്ട് തൃപ്തിയില്ല അതുകൊണ്ട് പഴയ കിക്ക് കിട്ടുന്നില്ല കൂടുതൽ കിക്ക് കിട്ടാൻ വേണ്ടിയല്ല അളവ് കൂട്ടിയത് പക്ഷേ എന്താ ഇതിന് അഡിക്റ്റായി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ സുഖം കിട്ടണമെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നാലേ പറ്റുകയുള്ളൂ കണ്ടോ പിശാചത്ര സമർത്ഥന ഒരു കൊച്ചരയിട്ട് മീനെ പിടിക്കുക ആദ്യം ഒരു ചെറിയ ചൂണ്ടയിടുന്നു ആ ചൂണ്ട കുത്തിയാൽ അവന് മനസ്സിലായി പിന്നെ അതേ തുടർന്ന് ഈ ആളിനെ കൊണ്ടുവന്ന ഒടുവിൽ ആ കശാപ്പ് സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയും യൗവനമോഹങ്ങളെ വിടുക യൗവനമോഹങ്ങളെ വിടുക സാക്ഷാൽ ഉള്ളതിനെ പിടിച്ചുകൊള്ളുക നമുക്ക് നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം നമ്മൾ ഒന്ന് തീമത്തിയോസ് അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നിത്യജീവിനെ പിടിച്ചുകൊള്ളുക അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ വിടണം രണ്ട് കാര്യങ്ങൾ വിടണം വിട്ടിട്ട് വേണം ഇതിനെ പിടിക്കാൻ പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിക്ടർ ബദർ അദ്ദേഹം ഒരു കാര്യം കാണിച്ചു ബൈബിളെടുത്ത് പിടിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയും രണ്ടു വിരലുകൊണ്ട് പിടിച്ചാൽ പോരാ എങ്ങനെ വേണം അഞ്ചു വരൽ കൊണ്ട് തന്നെ പിടിക്കണം എന്നിട്ട് അഞ്ച് പോയിൻറ്റുകൾ അഞ്ച് കാര്യങ്ങളാണ് ബ്രദറെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ പിടിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെങ്കിലും പിടിച്ചാൽ പോരാ മറിച്ച് എന്തു വേണം ഹോൾഹാർട്ടഡായിട്ട് പിടിക്കണം പൂർണ്ണ മനസ്കരായിരിക്കണം പൂർണ്ണ മനസ്കരായിരിക്കണം പകുതി മനസ്സോടെ അതും വേണം ഇതും വേണമെന്നുള്ള നിലയിൽ പകുതി മനസ്സോടെ ആത്മീയതയെ പിന്തുടർന്നാൽ നമ്മൾ വളരെ വേഗം നമ്മൾ ആ ലക്ഷ്യത്തിലെത്താതെ പകുതി വഴിക്ക് നമ്മൾ അലഞ്ഞു പോകും അലഞ്ഞു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതാ പറയുന്നു നമ്മൾ നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞെടുത്ത് നമുക്കിങ്ങനെ ബ്രദർ പറഞ്ഞതിനോട് ചേർത്ത് ഇങ്ങനെ പറയാം നിത്യജീവനെ മുഴുവലത്തോടും കൂടെ മുറുകെ മുറുകെ പിടിക്കണം നമ്മുടെ അറുകെ പിടിക്കുക എന്നുള്ളതാണല്ലോ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കുമ്പോൾ അതിൻ്റെ അകത്തെ ആദ്യത്തെ പടി എന്താ ആദ്യത്തെ പടി കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് അതിനെയാണ് ബൈബിൾ എന്ത് പറയുന്നത് പല വാക്കുകൾ പറയുന്നുണ്ട് ഈ വാക്കുകൾ തിയോളജിക്കലായ വാക്കുകളൊക്കെ കേട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഇതെന്തോ ഈ പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്താ എന്ന് മനസ്സിലാകാതെ പോവും ചിലപ്പോൾ പറയും വീണ്ടും ജനിക്കണമെന്ന് പറയും ഹാ അത് ശരി വീണ്ടും ജനിക്കണം ചിലപ്പം പറയും രക്ഷിക്കപ്പെട്ടതാണെന്നു എന്ന് ചോദിക്കും സമർപ്പിച്ചിട്ടുണ്ടോ പ്രതിഷ്ഠിച്ചോ ഇതൊക്കെ എന്തു ഇത് ഏ എന്താ ഇത് ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഇല്ലെങ്കിൽ ഓരോ മീറ്റിങ്ങിൽ വന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മളാകെ ഓ എൻ്റെ കാര്യം വലിയ കുഴപ്പത്തിലാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചു പോകും വളരെ ലളിതമായിട്ട് ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ അല്പസ്വല്പമുള്ള വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വളരെ ലളിതമായിട്ട് ഈ കാര്യത്തെ ഇന്ന് രാവിലെ ഇങ്ങനെ നോക്കാം കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ആ ബന്ധമാണ് നമ്മുടെ ക്രിസ്തീയതയുടെ തുടക്കം സ്റ്റാർട്ടിങ് പോയിൻറ്റ് ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിനെയാണ് വീണ്ടും ജനനമെന്നോ രക്ഷയെന്നോ സാൽവേഷൻ എന്നോ ഒക്കെ സമർപ്പണമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കാം പ്രിയപ്പെട്ടവർ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പുറകിലിരുന്ന് സൗന്മാർ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തുടക്കമുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പ് എത്ര പേർക്കുണ്ട് അതായത് വഴി വെച്ച് വഴി വെച്ച് ഒരാൾ ചോദിക്കുക ബ്രഹറെ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെയാണ് ഈ നാട്ടിൻപുറത്തൊക്കെ വണ്ടിയിലൊക്കെ പോയാൽ വലിയ രസം അടുത്തിരിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് സംസാരിക്കും ഒരു പരിചയം ഇല്ലാത്ത ആളുകളൊക്കെ കയറി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ആകെപ്പാടെ ഇന്നാണെങ്കിലോ ഇന്ന് സംസാരിക്കാൻ സമയമില്ല എല്ലാവരും ചെവിയിൽ ഇതൊക്കെ വെച്ച് വേറെ ഏതാണ്ടോ വലിയ അർജൻറ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഇതേലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക മറ്റാരെ അടുത്തിരിക്കുന്ന ആളെ നോക്കാൻ സമയമില്ല അപ്പോൾ പണ്ടൊക്കെ ചില പ്രായമായ അപ്പച്ചന്മാരെന്തു ചെയ്യും ചില ലഘുലേഖകളുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും അവർക്ക് ഈ ഔചിത്യ ബോധമൊന്നുമില്ല എവിടെ വെച്ച് എന്തോ ചോദിക്കണമെന്നൊന്നുമില്ല ചിലപ്പം നമ്മൾ ഒരു കല്യാണ സദ്യയ്ക്ക് വന്നിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചോദിക്കുക മോനെ നീ രക്ഷിക്കപ്പെട്ടതാണെന്നോ എടാ ഇതാ ഈ സമയത്താണെന്നോ ചോദിക്കുന്നത് പക്ഷേ അവർക്ക് ഔചിത്യ ബോധമൊന്നുമില്ല ഏത് സമയത്തും ഇതൊക്കെ ചോദിക്കുന്ന ചില നിഷ്കളങ്കരായ ഈ കാര്യത്താൽ പിടിക്കപ്പെട്ട ചില പ്രായമായ ആളുകളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അപ്പോൾ നിങ്ങൾ ബസ്സേ പോവുക നിങ്ങളോട് ഒരാൾ ചോദിക്കുക മോനെ മോളെ നീ രക്ഷിക്കപ്പെട്ടതാന്നു എന്ന് ചോദിച്ചാൽ അതേ അപ്പച്ച ഞാൻ രക്ഷിക്കപ്പെട്ടതാ എന്ന് ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ ചിലർ പറയും ചിലർ എഴുന്നേറ്റ് സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി സാഹ്ബദൻ്റെ പ്രസംഗം കേട്ട് അന്ന് രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറയും അപ്പം നമ്മൾ ഈ ആളിനെ അല്പം അസൂയോടെ നോക്കുക പുള്ളിക്കൊരു ഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജാനുവരി പതിമൂന്ന് പുള്ളിക്ക് ഒരു പുള്ളിയുടെ ബൈബിളിൻ്റെ ആദ്യത്തെ താളിലൊക്കെ എഴുതി വെച്ചേക്കുക ഞാൻ ഒരളവിലത് നല്ലതാണ് എന്താ നിങ്ങൾക്കൊരു തുടക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഒരളവി നല്ലതാണ് കാരണം പിശാച പല പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പരാജയങ്ങൾ വരുമ്പോൾ അവൻ വന്നിട്ട് നമ്മളോട് പറയും ഓ നീ നിൻ്റെ കാര്യം വലിയ കുഴപ്പമോ മറ്റുള്ളവരൊന്നും ഇന്നും ഇങ്ങനെയൊന്നുമല്ല അവരൊക്കെ വളരെ മെച്ചപ്പെട്ട ആളുകളാണ് നീ ഇതേവരെ രക്ഷിക്കപ്പെട്ടതുമല്ല ഒരു തുടക്കം കിട്ടിയ ആളുമല്ല ആരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പിന്നെയും പിന്നെയും പിന്നെയും അവനിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ കാര്യമുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത് പറയാം അങ്ങനെയല്ല ഇപ്പോഴെനിക്കൊരു വീഴ്ച വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ എന്താണ് ദൈവമകനാണ് ദൈവമകളാണ് എന്ന് പറയാനായിട്ട് കഴിയും നമ്മൾ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പിന്നെയും നിങ്ങളെല്ലാം വലിയ ഗൗരവമായിട്ടിരിക്കുന്നുണ്ടാ ഞാൻ പിന്നെയും പിന്നെയും കഥയിലേക്ക് പോകുന്നു ചെറുപ്പക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ടോ അതായത് ചെറുപ്പക്കാരൻ രാത്രിയിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് തുടങ്ങി ഉറങ്ങാനായിട്ട് തുടങ്ങിയപ്പം അന്ന് അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു ഒരു പരാജയം സംഭവിച്ചു പരാജയം സംഭവിച്ചതുകൊണ്ട് ഉറങ്ങാൻ കിടന്നപ്പം പിശാചു വന്ന് പറഞ്ഞു നീ ശരിയല്ല നിന്റെ കാര്യം ശരിയല്ല നീ രക്ഷിക്കപ്പെട്ടതും ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവന് എന്ത് ചെയ്തു അവന് ബൈബിള് എടുത്ത് വായിച്ചു ഏ രക്തം സകല പാവവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് സമർപ്പിച്ചു ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഇങ്ങനെയൊക്കെയുള്ള തൻ്റെ രക്ഷയെ ഉറപ്പിച്ച ചില വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു വായിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്നുറപ്പിച്ച് അതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ പിന്നെയും കിടന്നു കിടന്നു കഴിഞ്ഞ് പിന്നെയും ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെയും മനസ്സിൽ സംശയം വരിക ഇനി ശരിക്കുമല്ലോ രക്ഷിക്കപ്പെട്ടതോ വല്ലോ ആണോ ഇത് ശരിയാണോ ആരാ പിശാചി പിന്നെയും സംശയം കൊണ്ടുവരിക അപ്പം ഈ ചെറുപ്പക്കാരൻ എണ്ണേറ്റ് ലൈറ്റിട്ടു ലൈറ്റിട്ടിട്ട് ഈ ബൈബിൾ എടുത്ത് തുറന്നു താൻ നേരത്തെ വായിച്ച വാക്യം എടുത്ത് റോമലേഖനം പത്താം അധ്യായത്തിലെ ആ വാക്യം എടുത്ത് തുറന്ന് മേശപ്പുറത്ത് തൻ്റെ സ്റ്റഡി ബൈബിൾ സ്റ്റഡി ആ ടേബിളിൽ തുറന്ന് വെച്ചിട്ട് പറഞ്ഞു ലൈ താൻ പിശാചിനോട് പറഞ്ഞു പിശാജേ ഞാൻ ലൈറ്റ് ഓഫാക്കാൻ പോവുക നിനക്ക് രാത്രി കണ്ണ് കാണുമല്ലോ നീ വന്നെന്തോ വേണം ഏ എന്നെ വന്ന് ഇനി ഇങ്ങനെ തോണ്ടി നീ രക്ഷിക്കപ്പെട്ടതാണോ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കാതെ നീ മിണ്ടാതെ വന്ന് ഈ വാക്യം വായിച്ചു മിണ്ടാതെ പൊക്കോണം എന്നെ ആവശ്യമില്ല അതെൻ്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യരുത് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എനിക്ക് ഉറപ്പുണ്ട് ഇതാ എൻ്റെ വാക്യം ഞാൻ അടിവരെ ഇട്ടേക്കുന്ന ഈ വാക്യം വായിച്ചേച്ച് മിണ്ടാതെ പൊക്കോണം എന്ന് പറഞ്ഞേച്ച് ചങ്ങാതി ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങി എന്നാണ് കഥ നമുക്കങ്ങനെയെന്നും ഉറങ്ങണ്ടേ അതോ എന്നും ഇങ്ങനെ ഇങ്ങനെ ആണോ അല്ലയോ ഒരു തുടക്കമുണ്ടോ ഞാൻ കർത്താവിനാൽ അംഗീകരിക്കപ്പെട്ടതാണോ എന്നുള്ള ഒരു മട്ടിലങ്ങനെ ആകാമോ ആകരുത് പ്രിയപ്പെട്ടവരും നമുക്കൊരു തുടക്കം ഉണ്ടാകണം ചിലതെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ചിലപ്പോൾ ഓർക്കാനൊത്തുവെന്ന് വരികയില്ല എങ്കിലും നിങ്ങളൊക്കെയും ഇതുപോലെയൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ചും കർത്താവിനായിട്ട് ഹൃദയം സമർപ്പിച്ചവരും കർത്താവിനായിട്ട് ജീവിക്കാൻ തയ്യാറുള്ളവരുമാണ് അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് ഞാനൊരു ദൈവത്തിനെ ഇന്ത്യയിൽ ഇന്ത്യയിൽ വളരെ വളരെ വളരെ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ഒരു ആത്മകഥ ഞാൻ വായിക്കുകയായിരുന്നു അദ്ദേഹം ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു ജനിച്ചു വളർന്നു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു പക്ഷേ ചെറുപ്പത്തിൽ തന്നെ രക്ഷകനായിട്ട് സ്വീകരിച്ചെങ്കിലും താൻ ആ കാര്യമൊക്കെ വിട്ട് പിന്നെയും മുന്നോട്ട് കൗമാരപ്രായത്തിലൊക്കെ വന്നപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ പ്രശ്നം അതായത് പിശാജി വന്ന് തന്നോട് പിന്നെയും പിന്നെയും പറയുന്നു നീ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല നീ കർത്താവുമായിട്ടൊരു ബന്ധമില്ല ആ ആത്മാവ് വീണ്ടും ജനനത്തിൽ ആത്മാവ് നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ ഈ ആത്മാവ് നിനക്ക് ശക്തി തരണ്ടേ നിനക്കൊരു ശക്തിയില്ല രണ്ട് പേര് കൂടുന്നിടത്ത് എഴുന്നേറ്റ് കർത്താവിനെ സാക്ഷിക്കാനൊന്നും നിനക്ക് ശക്തിയില്ല ചുരുക്കത്തി നീ എന്തല്ല നിനക്ക് നീ രക്ഷിക്കപ്പെട്ടതല്ല നീ വീണ്ടും ജനിച്ചതല്ല നീ ദൈവ മകനല്ല എന്നുള്ളത് പിന്നെയും പിന്നെയും പിന്നെയും ഇദ്ദേഹത്തെ വളരെ നാളിങ്ങനെ അലട്ടി അലട്ടിയപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പറയുക ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റിയല്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു ഞാനതുകൊണ്ട് ഒരു ശനിയാഴ്ച ഒരു ഡേറ്റൊക്കെ നോക്കി കലണ്ടറിൽ ഒരു ഡേറ്റൊക്കെ നോക്കി നോക്കിയപ്പോൾ അടുത്ത ശനിയാഴ്ച ആ തീയതി ഓഗസ്റ്റ് പതിനഞ്ച് നല്ല കൊള്ളാം എല്ലാം കൊണ്ട് കൊള്ളാവുന്ന ഒരു ദിവസം ഞാൻ ആ ദിവസം എന്ത് ചെയ്തു ആ ദിവസത്തെ ഞാൻ എൻ്റെ രക്ഷാ നിർണയത്തിൻ്റെ ദിവസമായിട്ടെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ആ ദിവസം കംപ്ലീറ്റായിട്ട് മാറ്റിവെച്ചു താൻ ഓൾറെ നേരത്തെ തന്നെ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ വന്നിട്ടുള്ള ആളാണ് എന്നാലും ആ കാര്യം തൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കാൻ തന്നിൽ തന്നെ കൂടുതലൊന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഇതിനെക്കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടാകരുത് എന്നുള്ള കാര്യം കാര്യം സംശയമുണ്ടെങ്കിൽ എപ്പോഴാണ് എന്ത് സംഭവിക്കും നമുക്കൊരു ഉറപ്പുണ്ടാകില്ല ഒരാളിനോടൊരു കാര്യം പറയാൻ ഒരാൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഒരിടത്ത് എഴുന്നേറ്റ ഈ സത്യത്തിന് വേണ്ടി നിവരെ നിൽക്കാൻ ഒക്കെ നമുക്കൊരു ധൈര്യമില്ലാതെ പോകും എന്താ ധൈര്യമില്ലായ്മ ഈ തുടക്കത്തെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തതാണ് ധൈര്യമില്ലാത്തതിന് കാരണം അതുകൊണ്ട് ഇദ്ദേഹം എന്ത് തീരുമാനിച്ചു ഞാൻ ആ ആ ദിവസം പൂർണ്ണമായിട്ട് രാവിലെ മുതൽ ആ അദ്ദേഹം ഉപവാസത്തോടെ ആ ദിവസം മുഴുവൻ പ്രാർത്ഥനയ്ക്കും ദൈവം അതിൻ്റെ ധ്യാന ധ്യാനത്തിനുമായിട്ട് മാറ്റിവെച്ചു എന്നിട്ട് ദൈവസന്നിധിയിലിരുന്നു ഇരുന്നിട്ട് പറഞ്ഞു കർത്താവേ ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ട ഡേറ്റൊന്നും ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ആ ഡേറ്റ് ഒന്നും ഓർക്കാത്തത് കൊണ്ട് ഈ പിശാജ് വന്ന് ഇങ്ങനെയെല്ലാം എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് ഇന്ന് കൊള്ളാവുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് നല്ല ദിവസമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് എനിക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം ഓഗസ്റ്റ് പതിനഞ്ചാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാനൊരു പറഞ്ഞു വന്നതേ ഉള്ളു ആ ഈ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു ഈ ദിവസത്തെ ഞാൻ എനിക്ക് എൻ്റെ രക്ഷയുടെ നിർണയ ദിവസമായിട്ട് ഞാൻ എടുക്കുന്നു എന്നദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയിൽ പറഞ്ഞു പലപ്പോഴും ചെറുപ്പക്കാരായ പല ആളുകളും വന്നിങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങളെ എനിക്കൊരു വ്യക്തതയില്ല എനിക്കറിഞ്ഞുകൂടാ ശരിയാണോ മറ്റ് പലരും ഒക്കെ നല്ലതായിട്ട് പോകുന്നു എൻ്റെ കാര്യം പിന്നെയും പിന്നെയും കുഴപ്പമാണല്ലോ ഇനി ഞാൻ ചെറുപ്പം മുതലേ സഭയെ വരുന്നുണ്ട് എനിക്ക് ഒരുമാതിരി അറിവായപ്പം മുതലേ മാതാപിതാക്കളോടൊപ്പം സഭയെ വരുന്നുണ്ട് പാട്ടെല്ലാം എനിക്കറിയാം പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ കൂടെ വരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ സത്യത്തെ ഞാനൊരു ശരിക്ക് അങ്ങനെയാണോ കഴിഞ്ഞ ക്യാമ്പ് അപ്പം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ക്യാമ്പിൽ ശരിയാണ് പക്ഷേ ഈ കുഞ്ഞിനെന്തില്ല ഒരൊറപ്പില്ല ഞാൻ പറയും മോനെ എന്തു ചെയ്യാം നീ നീ ഒരു ദിവസം നിശ്ചയിക്ക് അന്ന് നീ കർത്താവിനോട് ഒരു ഉടമ്പടി ചെയ്യുക ഒരു കല്യാണമാണെങ്കിൽ ചില ആളുകളില്ലേ ഏ ഒരാളോട് ചോദിക്കുക നിങ്ങൾ കല്യാണം കഴിച്ചാൽ എന്നൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ മോതിരമൊന്നുമില്ലാത്ത ആളുകളായത് കൊണ്ട് ചിലപ്പോൾ കൈയിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ പറഞ്ഞപോലെ കല്യാണം കഴിച്ചതിൻ്റെ അടയാളമൊന്നുമില്ല താലിയൊന്നുമില്ല മോതിരവുമില്ല അപ്പോൾ ആളുകൾ ചോദിക്കുക ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചാൽ നമ്മൾ സംശയിക്കുക ഇനി ഞാൻ കല്യാണം കഴിച്ചോ മറ്റോ അപ്പോൾ അതേസമയം നമ്മുടെ കയ്യിൽ ആ കുറിയുണ്ടെങ്കിൽ ആ നവംബർ മാസം അഞ്ചാം തീയതി ഇന്ന കല്യാണം ഇന്ന ഹാളിൽ വച്ച് ആ നമ്മുടെ കല്യാണം ഇന്നാരും ഇന്നാരും തമ്മിലുള്ളത് നമ്മൾ ഒന്ന് എടുത്ത് നോക്കുക നമ്മുടെ പേര് തന്നെ അടിച്ചേക്കുന്നത് നമ്മുടെ ഭാര്യയായിരിക്കുന്ന സഹോദരിയുടെ പേര് തന്നെ വധുവിൻ്റെ സ്ഥാനത്ത് ആ അപ്പോൾ ഞങ്ങൾ എന്താ കല്യാണം കഴിച്ചതാണ് ഒരു ഡേറ്റ് ഉള്ളത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഈ പിശാജ് ഇത്രയും തന്ത്രശാലി ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് പ്രിയപ്പെട്ടവർ മുഴുവൻ മുഴു ഹൃദയത്തോടും ഇതിനെ പിടിക്കണം മുഴു ഹൃദയത്തോടും പിടിക്കണം നമ്മളൊക്കെ വ്യത്യസ്തരായ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ഓരോരുത്തരുടെയും കടന്നു പോകുന്ന പരീക്ഷകളും വ്യത്യസ്തമാണ് എന്നാൽ എന്നെ ഇന്ന് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാതെ ഉണ്ടെങ്കിൽ മോനെ ഞാൻ പറയട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട വിഷമിക്കേണ്ട ഇപ്പം ആകാം ഇന്നാകാം ഇന്ന് ഇന്ന് എന്ത് ദിവസവും കൊള്ളാം ക്രിസ്മസും ഒക്കെ കഴിഞ്ഞ് ആ ട്വൻ്റി സെവന്തോ ട്വൻ്റി എയ്ത്തോ ആ കൊള്ളാം നല്ല ദിവസമോ ന്യൂ ഇയറിന് മുമ്പ് ഒരു ദിവസം ഇന്ന് നിൻ്റെ രക്ഷാ നിർണയത്തിൻ്റെ ദിവസമായിട്ട് എടുക്കുക നിൻ്റെ ബൈബിളിൻ്റെ ആദ്യ താളി തന്നെ അങ്ങ് എഴുതിയിട്ടോ നാളെ നിൻ്റെ ഇളയ കുട്ടികളുമൊക്കെ വന്ന് ആ ചേച്ചി രക്ഷിക്കപ്പെട്ടോ ഒന്നുമില്ല എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എടുത്ത് കണ്ടോ അങ്ങനെയൊന്നുമല്ല ഉറപ്പുള്ളത് നല്ലതാണ് ഉറപ്പുള്ളതെന്നല്ല രക്ഷാ നിർണയം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഒരു ഒരു വഴുവഴുപ്പിൽ നിൽക്കാതെ ഒരു വഴുവഴുപ്പിൽ നിൽക്കാതെ വ്യക്തതയോടെ വ്യക്തതയോടെ ഓക്കെ നമ്മൾ ദൈവത്തിനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ഇതിനെ പിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു തുടക്കത്തെ നമ്മൾ പറഞ്ഞു വന്നത് അതിന് ശേഷമോ ശേഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം അതിനായിട്ട് നമ്മളൊരു പൂർണമായ ഒരു സമർപ്പണം ദൈവത്തിലുണ്ടാകണം പൂർണമായ സമർപ്പണം പകുതി മനസ്സോടെ ഈ കാര്യം മുന്നോട്ട് ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ ഒക്കുകയില്ല ഒരിക്കലും ഒരു ദൈവദാസനോട് ചോദിച്ചു ഈ ലോകത്തിലേറ്റവും സഹതാപം അർഹിക്കുന്ന ആളാരാ ഈ ലോകത്തിൽ ഏറ്റവും സഹതാപം അർഹിക്കുന്ന ആൾ ആരാ അപ്പം നമ്മളോട് ചോദിച്ചെന്നിരിക്കട്ടെ നമ്മൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയും ഓ ഭക്ഷണം കഴിക്കാൻ ഇന്ന് പൈസ ഇല്ലാത്ത ആളാണ് ഏറ്റവും സഹതാപം അർഹിക്കുന്ന ആൾ എന്ന് ചോ നമ്മൾ പറയും അല്ലെങ്കിൽ ഏറ്റവും രോഗിയായി കിടക്കുന്ന ക്യാൻസർ ആണെന്നിപ്പോൾ ഡിറ്റക്ട് ചെയ്തത് ഒക്കെയാണ് ഏറ്റവും സഹതാപം അർഹിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഈ ദൈവദാസം പറഞ്ഞു അർത്ഥമനസ്കനായ ക്രിസ്ത്യാനിയാണ് ഏറ്റവും സഹതാപം അർഹിക്കുന്ന മനുഷ്യൻ മനസ്സിലായോ ഹാഫ് ഹാർട്ടഡ് ക്രിസ്ത്യൻ അവനെ പോലെ അരിഷ്ടനായ ഒരു മനുഷ്യനില്ല അവനെന്താ അവന് ഈ പറയുന്നതിൻ്റെ സന്തോഷവുമില്ല എന്നാൽ ഈ ലോകത്തിലെ മനുഷ്യരുടെ ലോകത്തിലുള്ള സന്തോഷമില്ല ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാൊട്ടെത്തുകയും ഇല്ല എന്ന് മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ട് എന്ന് വെച്ചാൽ പഴയ നമ്പൂരി പറയ നമ്പൂരി രാവിലെ സ്വന്തം ഇല്ലത്തു നിന്ന് എവിടെ പോകുന്നത് ഭാര്യയുടെ ഇല്ലം അമ്മാ സ്വന്തം ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു എല്ലാത്തുനിന്ന് പക്ഷേ എത്തണ്ടിടത്ത ഡെസ്റ്റിനേഷനിലെത്തുകയും കണ്ടോ ഈ നമ്മുടെ ഈ അനുഭവമൊക്കെ പണ്ട് കൊണ്ടേ ആളുകൾ പഴഞ്ചൊല്ലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് നമ്മൾ പലരും ലോകത്തെ വിട്ടിറങ്ങി ഇറങ്ങി ഓ ലോകമെനിക്ക് വേണ്ട എന്നൊക്കെ പാട്ടുമൊക്കെ പാടി നമ്മൾ ഇറങ്ങി പക്ഷേ എത്തേണ്ടിടത്തെത്തിയില്ല എത്തേണ്ടടം എന്താ അത് വളരെ സന്തോഷഭരിതമായ ക്രിസ്തീയ ജീവിതമാണ് ആനന്ദഭരിതമായ ക്രിസ്തീയ ജീവിതം കർത്താവിനോടൊത്തുള്ള ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇടം എനിക്കങ്ങനൊന്നുമില്ലല്ലോ ഞാനെന്താ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരൊക്കെ അവർക്കൊന്നുമല്ലെങ്കിൽ ലോകത്തിൻ്റെ സന്തോഷിലുമുണ്ട് ലോകത്തിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ സന്തോഷങ്ങളുണ്ട് എനിക്ക് അതുമില്ല ഇവിടെ ഈ അങ്കിളുമാരും ആൻറ്റിമാരും പറയുന്ന മറ്റേ സന്തോഷവും ഇല്ല എന്താ പ്രശ്നം ഞാൻ ഇല്ലത്തു നിന്ന് ഇറങ്ങി എത്തിയുമില്ല എവിടെയാ തകരാറ് എവിടാ തകരാറ് ഹാഫ് ഹാർട്ടഡാണ് അർത്ഥമനസ്കരാണ് അർത്ഥമനസ്കനാണെങ്കിൽ അവനാണ് ഈ ലോകത്തിലേക്ക് സഹതാപം അർഹിക്കുന്ന ജീവി അവന് ഈ ലോകത്തിൻ്റെ സന്തോഷവുമില്ല വരാനുള്ള ലോകത്തിൻ്റെ ആ സന്തോഷവും ഇല്ല ഇടയ്ക്ക് പെട്ട് അരിഷ്ടനായിട്ട് ജീവിക്കുക എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു അവസ്ഥയിലാണ് ആ അവസ്ഥയിലാണെങ്കിൽ അതെന്തിനാണ് നമ്മളോട് ഈ തുറന്നു പറയുന്നത് തുറന്ന് പറയുന്നത് നമ്മളെ ഡയഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എന്താ അതിനൊരു പരിഹാരം അതിനെ തുടർന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമില്ല നമുക്ക് രോഗമുണ്ടെന്ന് അറിയുന്നത് നല്ലതാണ് നമുക്ക് ആ സന്തോഷമില്ലെങ്കിൽ നമ്മൾ അർത്ഥമനസ്കനായ സഹതാപം അർഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് നമ്മളങ്ങനെ സഹതാപം അർഹിക്കുന്ന ഒരാളായിട്ട് ജീവിക്കേണ്ടതില്ലോ നമുക്ക് എന്ത് ചെയ്യാം ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ടൊക്കെ ഓസ്വാൽ ജയസ്മിത്ത് എന്ന് പറഞ്ഞ ദേവദാസൻ വളരെ മനോഹരമായ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ജൂൺ മാസം മുപ്പതാം തീയതി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് മുമ്പ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാഹസികമായ ഒരു പ്രവർത്തനം നടന്ന ഒരു ദിവസമാണ് ആ സംഭവം പറഞ്ഞിട്ട് ഈ ഓസ്വാൽ ജയസ്മിത്ത് ഒരു ഒരു ഈ സമർപ്പണത്തെക്കുറിച്ച് വളരെ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് അത് അതിൻ്റെ ചുരുക്കം നമ്മൾ ചില നാളുകൾക്ക് മുമ്പ് ജീവമൊഴിയിൽ കൊടുത്തിരുന്നു നിങ്ങൾ വായിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ മാസം മുപ്പതാം തീയതി ഒരു അഭ്യാസിയായ ചാൾസ് ബ്ലോണ്ടിൻ ഒരു പ്രസ്താവന നടത്തി ഞാൻ എന്തു ചെയ്യും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ മുപ്പതിന് നയാഗ്ര നടക്കും എന്ന് നയാഗ്ര വെള്ളച്ചാട്ടം ലോക അത്ഭുതങ്ങൾ ഏഴ് അത്ഭുതങ്ങൾ ഒന്ന് എന്ന് പറയുന്ന ഒന്ന് അതെന്താ വളരെ വളരെ വളരെ ഉയരത്തിൽ നിന്ന് വെള്ളം ആയിരമായിരം അടി താഴ്ചയിലേക്ക് വന്ന് പതിക്കുക വന്ന് പതിക്കുന്നത് നമ്മൾ നോക്കി നിന്നാൽ നമുക്ക് എവിടെയാ പതിച്ചതെന്ന് കാണാൻ ആ നീരാവിയും ജലകണ കണികളും ഇങ്ങനെ ഉയരുന്നത് കൊണ്ട് ഇതിൻ്റെ ആഴം മനസ്സിലാക്കുകയില്ല നമുക്ക് കാണാനൊക്കെ ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് എത്രയോ മൈലുകൾ അകലെ വെച്ച് തന്നെ നമുക്കിതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അലർച്ച കേൾക്കാം ഇത് വന്ന് വീഴുന്ന പതിക്കുന്നതിൻ്റെ അലർച്ച കേൾക്കാം അങ്ങനെയുള്ള വളരെ ഭീകരമായ എന്നാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നയാഗ്ര വെള്ളച്ചാട്ടം ചാൾസ് ബ്രോണ്ടൻ എന്ത് പറഞ്ഞു ഞാൻ ഇദ്ദേഹം അഭ്യാസിയാണ് പലയിടത്തൂടെ നടക്കുന്ന കയറ നടക്കുന്ന ആൾ വലിയ വലിയ ഉയരത്തിലൂടെ ഒക്കെ നടന്ന് അഭ്യാസങ്ങൾ കാട്ടുന്ന ആൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക അന്ന് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ നടക്കാൻ പോവുക ഉടനെ പത്രങ്ങളിലെല്ലാം വാർത്തയായി ധാരാളം പേര് അത് കാണാൻ വണ്ടി പിടിച്ചു വന്നു വണ്ടി പിടിച്ചു വന്നപ്പോൾ ഈ നയാഗ്ര വെള്ളച്ചാട്ടം നടക്കുന്നത് അമേരിക്കയുടെയും കാനഡയുടെയും രണ്ടിൻ്റെയും കൂടെ അതിർത്തിയായ ഒരു സ്ഥലത്താണ് നടക്കുന്നത് ഒരു കര കാനഡ മറ്റേ കര അമേരിക്ക ഇതിന് മുകളിൽ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ആകാശത്തൊരു കയർ വലിച്ചു കിട്ടും ആ കയറിലൂടെ ഞാൻ നടക്കാൻ പോവുകയാണ് ചാൾസ് ബ്ലോണ്ടിൻ്റെ പ്രസ്താവന കേട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വന്ന് ധാരാളം പേര് അത് കാണാനായിട്ട് എത്തി കാണാനായിട്ടെത്തി ആളുകൾ വണ്ടികളിലൊക്കെ വന്നു രണ്ട് കരകളിലും കാത്തു നിൽക്കുക വീർപ്പടക്കി കാത്തു ബ്ലോണ്ടിൻ സാധാരണ ചിരിയോടെ തന്നെ ഈ കയറിൻ്റെ ഒരറ്റത്ത് കയറി ഒരു കരയിൽ ഒരു കരയും മറ്റേ കരയും തമ്മിൽ പൊക്കത്തിൽ വലിച്ചുകെട്ടിയിരിക്കുന്ന ഒരു ചെറിയ കയർ ആ കയറിൻ്റെ ഒരറ്റത്ത് നിന്ന് ചാൾസ് ബ്ലോണ്ടിൻ എന്തു ചെയ്യും ഇക്കരയ്ക്ക് വരും ഇക്കരയ്ക്ക് വന്നിട്ട് തിരിച്ചക്കര പോവും ഇത് കാണാനായിട്ട് രണ്ട് കരയിലും ആളുകൾ കൂടി വന്നിരിക്കുക ചാൾസ് ബ്ലോണ്ടിന് സമയമായപ്പോൾ അദ്ദേഹം കയ്യിലൊരു ഒരു നീണ്ട വടിയൊക്കെ പിടിച്ച് ഒരു ബാലൻസിന് വേണ്ടി ഒരു വടിയൊക്കെ പിടിച്ച് അദ്ദേഹം ആ നയാഗ്രഹ വെള്ളച്ചാട്ടത്തിന് കുറുകെ കെട്ടിയിരിക്കുന്ന ആ വടത്തിലൂടെ മെല്ലെ നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന താഴോട്ട് നോക്കുമ്പോൾ എന്താ പേടിപ്പെടുത്തുന്ന വലിയ വെള്ളച്ചാട്ടമാണ് കാലൊന്നിടറിപ്പോയാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല നെറ്റൊന്നും വലിച്ചു കെട്ടിയിട്ടില്ല വെറും കയറ് അതിന് മുകളിൽ കൂടി ഇദ്ദേഹം നടന്നു നടന്ന് നടന്ന് ആളുകൾ വീർപ്പടക്കി കാത്തു നിൽക്കേ ചാൾസ് ബ്ലോണ്ടിൻ്റെ ഒരറ്റത്തു നിന്ന് നടന്ന് മറ്റേ അറ്റത്തെത്തി ആളുകൾ കരഘോഷം മുഴക്കി ഉടനെ ചാൾസ് ബ്ലോണ്ടിൻ പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ എന്നെ ഞാൻ ഇങ്ങനെ അറ്റത്തെത്തിയല്ലോ ഞാനിനി തിരിച്ചു പോവുക തിരിച്ചു പോവുക തിരിച്ചു പോകുമ്പോൾ ഞാനൊരു അഭ്യാസം കൂടെ ചെയ്യാം ആരെങ്കിലും ഒരാളിനെക്കൂടെ ഞാൻ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടന്ന് അക്കരെ പോകാം ആര് വരും എന്ന് ചോദിച്ചു ഏ പറഞ്ഞു മനസ്സിലായോ നിങ്ങളവിടെ ആ സദസ്സിലുണ്ടെന്നിരിക്കട്ടെ നിങ്ങൾ ആ സദസ്സിലുണ്ട് ചാൾസ് ബ്ലൂണ്ടോദിക്കുക ഞാൻ തിരിച്ചു പോകുക കയറേക്കൂടെ നടക്കുക നിങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ എൻ്റെ തോളത്തിരുന്നോണ്ടാൽ മതി വരുന്നോ ചാൾസ് ബ്ലൂണ്ട കൂട്ടത്തിൽ അല്പം ധീരൻ ആറടി പൊക്കം അമ്പത്താറിഞ്ച് നെഞ്ചളവ് കൊമ്പൻ മീശയുള്ള ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു മോനെ വരുന്നോ അപ്പോൾ അവൻ അവൻ പതുക്കെ പറഞ്ഞു അംഗളെ ഞാൻ വീട്ടിലൊക്കെ ഒന്ന് ചോദിച്ച് എന്നൊക്കെ പറഞ്ഞ് ചിരി കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ അവനെ കാണാനില്ല ആ ഒരാളും വരുന്നില്ല അപ്പോൾ ചാൾസ് ബ്ലോണ്ടൻ അവസാനം തൻ്റെ ഈ പെർഫോമൻസ് നടത്തുന്നതിൻ്റെ മാനേജരായ ഹെൻറി കോൺകോട്ട് എന്നൊരാളുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടുപോകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു ഹെൻറി കോൺകോണ്ട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കാരണം ഈ അഭ്യാസങ്ങൾ പലവട്ടം കണ്ടിട്ടുള്ള ആളാണ് ഹെൻറി കോൺകോണ്ട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു എങ്കിലെൻ്റെ തോളത്ത് കയറി ഇത് കേച്ചു അപ്പം അതൊക്കെ ആളുകൾ പിന്നെയും കാത്തു നിൽക്കുക ഹെൻറി കോൺകോഡ് അദ്ദേഹത്തിൻ്റെ തോളത്ത് കയറിയിരുന്നു അപ്പം അതൊക്കെ വീണ്ടും ചാൾസ് ബ്ലോണ്ടിൻ മറുകരയിലേക്ക് ഇങ്ങനെ നടക്കുക മറുകരയിലേക്ക് ഇങ്ങനെ നടന്നു ഏകദേശം മധ്യമായി മധ്യമായപ്പോൾ ഇവർ രണ്ടുപേരും ചാൾസ് ബ്ലോണ്ടിനും അദ്ദേഹത്തിൻ്റെ തോളത്തിരിക്കുന്ന ഹെൻറി കോൺകോഡും താഴോട്ട് നോക്കിയപ്പോൾ ഓ ഒരു ഒരു രക്ഷയുമില്ല അത്ര ഭീകരമായ ദൃശ്യം പക്ഷേ ചാൾസ് ബ്ലോണ്ടൻ പിന്നെയും മുന്നോട്ട് നടന്നു പിന്നെ മുന്നോട്ട് നടന്നപ്പോൾ പകുതി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായി അപകടം എന്തെന്ന് വെച്ചാൽ ഈ വടം രണ്ട് വശത്തും രണ്ട് തൂണോട് ചേർത്ത് കെട്ടിയിട്ട് അത് ഒരു ചെറിയ കുറ്റി രണ്ട് വശത്തും അടിച്ച് അതിനോട് ചേർത്ത് ഈ വടം ഈ ഭൂമിയോട് ചേർത്ത് അടിച്ചു വച്ചിരുന്നു അപ്പോൾ ഈ ആൾക്കൂട്ടത്തിലെ ആരോ ഒരു കൊശൻ ആഹാ എനിക്ക് ചാസ് ബ്ലോണ്ടൻ അങ്കളിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അപ്പോൾ ഈ വടത്തിൻ്റെ ഈ വലിച്ചു കെട്ടിയ ആ കമ്പേലങ്ങോ ഒന്ന് തൊട്ടു തൊട്ടപ്പോൾ എന്താ പറ്റിയത് തൊട്ടപ്പോൾ ഈ വടം ആ വലിഞ്ഞു നിന്ന വടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഊഞ്ഞാൽ പോലെ ആടാൻ തുടങ്ങി നോക്കുക ആരുമേളുണ്ട് ചാർസ് ബ്ലോണ്ടനുണ്ട് ഹെൻറി കോൺകോണ്ടുണ്ട് ഉടനെ തന്നെ ചാൾസ് ബ്ലോണ്ടൻ പറഞ്ഞു ഹെൻറി കോൺകോണ്ടിനോട് പറഞ്ഞു സുഹൃത്തേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ നിമിഷമായത് അതായത് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഈ വടം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാൽ പോലെ ആടിക്കൊണ്ടിരിക്കുക എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിനും ഇവിടെ നമ്മൾ പതുക്കം നടന്നു ചെന്നാൽ അക്കരെ എത്തുകയില്ല ഞാൻ ഈ വടത്തിലൂടെ ഓടാൻ തുടങ്ങുക നിങ്ങളെൻ്റെ ഭാഗമായിട്ടിരുന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഹെൻറി കോൺകോട്ട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ചാൾസ് ലോണി പറഞ്ഞു നിങ്ങൾ ദയവായിട്ട് ബാലൻസ് പിടിക്കാൻ നോക്കരുത് ഞാൻ ഓടാൻ പോകുക നിങ്ങളായിട്ട് ബാലൻസ് പിടിക്കാൻ നോക്കരുത് നിങ്ങളെന്താ വിചാരിക്കേണ്ടത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ന് കരുതണം ഞാൻ ഒരു വശത്തോട്ട് ചാ ചാ ചാഞ്ഞാൽ നിങ്ങളും അങ്ങോട്ട് ചാഞ്ഞോണം ഇങ്ങോട്ട് ചാഞ്ഞാൽ ഇങ്ങോട്ട് ചാഞ്ഞോണം അല്ലാതെ നിങ്ങൾ ബാലൻസ് പിടിക്കാൻ നോക്കരുത് ബാലൻസ് പിടിക്കാൻ നോക്കിയാൽ നമ്മൾ രണ്ടുപേരും താഴെ വീണ് തകർന്നു പോകും ഓ ഹെൻറി കോൺകോട് പറഞ്ഞു ഏറ്റെന്ന് പറഞ്ഞു സമ്മതമെന്ന് പറഞ്ഞു ഉടനെ ചാൾസ് ബ്രോണ്ടിൻ അക്കരയ്ക്ക് വടത്തിലൂടെ ഓടാൻ തുടങ്ങി ആളുകൾ ഇതുപോലൊരു ദൃശ്യമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നായാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ ആകാശത്ത് വലിച്ചുകെട്ടിയിരിക്കുന്ന ഒരു വടം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാൽ പോലെ ആടിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ ഒരാൾ ഓടുന്നു ഓടുന്ന ആളിൻ്റെ തോളിൽ ഒരാളിരിക്കുന്നു ഇവരക്കരെ നിരപായം എത്തുമോ ഒരു കാലം ഒന്ന് ഇടറിപ്പോയാൽ എന്ത് സംഭവിക്കാം പക്ഷേ എങ്ങനോ എങ്ങനെയോ ആളുകൾ ഒരു ആർക്കും ശ്വാസം വിടാൻ പോലും തോന്നിയില്ല ആ നിമിഷത്തിൽ എങ്ങനെയോ ചാൾസ് ബ്രോണ്ടനും കോൺഗോഡും അക്കരെ എത്തി ആളുകളുടെ കരകോഷം ഓ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഇരച്ചിൽ നിന്നേ കവിയുന്ന കരഘോഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നടന്ന ഒരു സംഭവമാണ് ഞാനീ പറഞ്ഞത് പ്രിയപ്പെട്ടവർ എങ്ങനെയാണ് അക്കരെ അക്കരെ എത്തിയത് അക്കരെ എത്തിയത് നമ്മൾ പറയും ചാൾസ് ബ്ലോണ്ടിൻ വളരെ അഭ്യാസിയായത് കൊണ്ടാണ് അക്കരെ എത്തിയത് എന്ന് പറയും അപ്പം തന്നെ അതിന് മറ്റൊരു മാനമില്ലേ എന്താ ഹെൻറി കോൺഗോഡ് തന്നെ തന്നെ ഈ ആളിൻ്റെ ഭാഗമാണെന്ന് കരുതി തന്നെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങനെ അർപ്പിച്ച് ആ തോളിലിരുന്നു ഇവിടെ ചാൾസ് ബ്ലോണ്ടിനെ പ്രധാനം ചെയ്യുന്ന ഓസോൾജെ സ്മിത്ത് ഈ കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക ചാൾസ് ബ്ലോണ്ടിനെ പ്രധാനം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവ കർത്താവായ യേശു ക്രിസ്തു ഈ വടമെന്ന് പറയുന്നത് എന്താ കാനഡയെ അമേരിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ജീവനേയും മരണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വടം ആ വടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ലോകത്ത് ഒരാളേ ഉള്ളൂ ഓ അങ്ങേ ലോകത്തു നിന്ന് ഇങ്ങേ ലോകത്തേ വന്നേച്ച് വീണ്ടും മടങ്ങിപ്പോയി ജീവനോട് ഇരിക്കുന്ന ഒരാളേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്ത കർത്താവ് ഇന്ന് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ ഈ ലോകത്ത് നിന്ന് നിത്യജീവനിലേക്കോ കൊണ്ടുപോകാം നിങ്ങൾ വരുന്നോ നമ്മളാ അമ്പത്താറഞ്ച് നഞ്ചളവുള്ള ചെറുപ്പക്കാരനെ പോലെ ആൾക്കൂട്ടത്തിൽ മുങ്ങുമോ അതോ ഹെൻറി കോൺകോടിനെ പോലെ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കർത്താവിനായിട്ട് സമർപ്പിക്കുമോ സമർപ്പിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് നിരവായം അക്കരെ എത്താൻ ഒക്കും പൂർണ്ണമായിട്ട് നമ്മളൊരു വേറൊരു എക്സിസ്റ്റൻസ് അല്ല മറ്റൊരു അസ്തിത്വമല്ല നമ്മൾ കർത്താവിൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ള നിലയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആ ഹെൻറി കോൺകോഡിനെ പോലെ ാലേ നമുക്കരെ എത്താൻ ഒക്കെയുള്ളൂ പ്രിയപ്പെട്ടവരെ പൂർണ്ണ സമർപ്പണം പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ എങ്ങനെ അങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നോക്കുന്നത് ഞാൻ എങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നോക്കും നമ്മൾ ഈ കാര്യത്തെ വളരെ ഗൗരവമായിട്ട് നമുക്ക് നോക്കാം നമ്മൾ ഇത്രയും കഥകളും പല കാര്യങ്ങളും പറഞ്ഞല്ലോ ഇനി അല്പനേരം നോക്ക് വളരെ ഗൗരവമുള്ള ഒരു ബൈബിൾ സ്റ്റഡിയിലേക്ക് തിരിക എല്ലാവരും ബൈബിൾ നോക്കുക നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കാര്യങ്ങളൊക്കെ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തതയും ധൈര്യവും വിഷാദിൻ്റെ മുമ്പേ നിൽക്കാനും ഒക്കെ കഴിയുള്ളു നമ്മൾ കർത്താവിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ നമ്മൾ സമർപ്പിച്ചത് നമ്മുടെ സമർപ്പിക്കപ്പെടാത്ത വല്ല ഭാഗവും ഇനിയുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ രക്ഷ എന്നാ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്താ അത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വളരെ മൗലികമായ ചില ചോദ്യങ്ങളുണ്ട് നമുക്ക് ഒരു വാക്യം നോക്കാം ഒന്ന് ഒന്നത്തെ സ്ലോനിക്കർ ഒന്നത്തെ സ്ലോനിക്കർ അതിൻ്റെ ഒന്നാമധ്യായം ക്ഷമിക്കണം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം ഒന്നത്തെ സ്ലോനിക്കർ അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം അവിടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പൗലോസ് പറയുന്നു നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അശേഷം കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മൾ ഫലത്തിൽ ഒരു തൃത്വമാണ് തൃത്വമാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമല്ലോ ദൈവം എന്താ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്ന് പേരടങ്ങുന്ന എന്ന സാരാംശത്തിൽന്നായ ഏകത്വത്തിൽ തൃത്വമായ തൃത്വം എന്ന് നമ്മൾ പറയും ദൈവത്തെക്കുറിച്ച് പറയും നമ്മൾ മനുഷ്യരോ നമ്മൾ മനുഷ്യരും ഒരു തൃത്വമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ എന്തുണ്ട് നമ്മിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ആത്മാവ് ആത്മാവ് ആത്മാവ് എന്താ ദൈവത്തോട് ബന്ധപ്പെടുന്ന നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ആ കാര്യം ആത്മാവ് അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ വിശദീകരിക്കാനൊക്കാത്ത ഒരു കാര്യം ഏ ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് വേണ്ട പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ വേണം അങ്ങനെ ആത്മാവ് നമ്മുടെ ആത്മാവ് നമുക്കൊക്കെ ആത്മാവുണ്ട് ആത്മാവുണ്ട് രണ്ടാമത് പറയുന്നു പ്രാണൻ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താ കേവലം ഇവിടെ ജീവനല്ല ജീവനല്ല മറിച്ച് എന്താണ് നമുക്ക് മലയാളത്തിൽ ദേഹി എന്നു പറയാവുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും തീരുമാനവുമടങ്ങിയ നമ്മുടെ മനസ്സ് ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണേ നിങ്ങൾ ദയവായിട്ട് കൂടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം പൂർണ്ണമായിട്ടേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആത്മാവുണ്ട് നമുക്ക് ദേഹിയുണ്ട് ദേഹി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ ഈ സന്തോഷം വേറൊരു കാര്യം കേൾക്കുമ്പോൾ ദുഃഖമില്ലേ ദുഃഖം സന്തോഷവും ദുഃഖവും ഒക്കെ എന്താണ് വികാരങ്ങളാണ് വികാരം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് എന്നാൽ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പന്ത്രണ്ടേ ഗുണം ഇരുന്നൂറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ നമ്മുടെ വികാരത്തെയല്ല അവിടെ എക്സസൈസ് ചെയ്യുന്ന എന്താ എന്തിനാണ് ബുദ്ധിയെ ചിന്തയാണ് പന്ത്രണ്ടേ ഗുണം ഇരുന്നൂറ്റി നാൽപ്പത് ചിന്തയാണ് നമ്മൾ മനുഷ്യരെന്താ നമ്മുടെ നമ്മൾ കേവലം വികാര ജീവികൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന ആളുകളുമാണ് ചിന്തിക്കുന്ന ആളുകൾ കണക്കുകൂട്ടുന്ന ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചാൽ പന്ത്രണ്ടേ മുക്കാലിൻ്റെ ബസ് ഇന്നടത്തുനിന്ന് പിടിക്കാം അതെനിക്ക് കിട്ടിയാൽ മറ്റടുത്ത് ചെല്ലുമ്പോൾ ഇന്നയാളെ കാണാം കണക്കൂട്ടലാണ് കണക്കുകൂട്ടൽ കണക്കുകൂട്ടലുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം അതാണ് വികാരമുണ്ട് മറ്റൊരു കാര്യമോ ഇച്ഛ ഇച്ഛ എന്ന് വെച്ചാൽ എന്താ ഒരു തീരുമാനമെടുക്കാനുള്ള കാര്യം ആ തീരുമാനം അത് ആ ഇന്ന പോലെ ഞാൻ ഇന്നു മുതൽ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നു ഈച്ചയെ ചിലരാത്മാവിനോടും ബന്ധപ്പെടുത്താറുണ്ട് നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകട്ടെ നമുക്കിങ്ങനെ പറയാം അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെന്തുണ്ട് ആത്മാവുണ്ട് നമുക്ക് ദേഹിയുണ്ട് ദേഹിയുണ്ട് വികാരങ്ങളും വിചാരങ്ങളും തീരുമാന ശക്തിയും അടങ്ങിയ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ചിലരെ കുറിച്ച് പറയുമല്ലോ ഒരു ഒരു ഗംഭീര പേഴ്സണാലിറ്റിയാണ് എന്ന് പറയും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അയാളെ കാണുന്ന കാഴ്ചയല്ല ശരീരത്ത് ശരീരമല്ല പലപ്പോഴും അദ്ദേഹത്തോട് ഇടപെടുമ്പോൾ അദ്ദേഹം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി ആ ചിന്തകൾ കൊണ്ട് ആ വികാരം കൊണ്ട് ആ പെരുമാറ്റം കൊണ്ടൊക്കെ നമ്മളെ ഇമ്പ്രസ് ചെയ്ത ഓ ഒരു വലിയ വ്യക്തിയാണ് എന്ന് പറയും നമ്മുടെ വ്യക്തിത്വം നമുക്ക് നൽകുന്ന ഒരു പ്രധാന ഘടകം ഈ പറഞ്ഞ പ്രാണൻ ദേഹി എന്ന് പറയുന്നതാണ് പക്ഷേ ഈ ആത്മാവും ദേഹിയും നമുക്ക് എന്തു ചെയ്യാൻ ഒക്കുകയില്ല കാണാൻ ഒക്കുകയില്ല എന്നാൽ കാണാവുന്ന ഒരു കാര്യമുണ്ട് എന്താ ദേഹം അതാണ് മൂന്നാമത്തെ കാര്യം കണ്ടോ ഈ മൂന്നെണ്ണം അടങ്ങുന്ന തൃത്വമാണ് നമ്മൾ ഇവിടെ നമ്മൾ കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഡിസംബർ മാസം അഞ്ചാം തീയതി ഞാൻ കർത്താവിനായിട്ട് സമർപ്പിച്ചു കർത്താവിനായിട്ട് എൻ്റെ ഹൃദയം കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏത് ഭാഗമായി ഈ മൂന്ന് ഘടകങ്ങളിൽ ഏത് ഘടകമാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ എലൈവായി തീർന്നത് സജീവമായി തീർന്നത് അല്ലെങ്കിൽ ഒരു ബിബ്ലിക്കൽ ഭാഷ ഉപയോഗിച്ചാൽ നമ്മുടെ ഏത് ഘടകമാണ് രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ദേഹമാണോ രക്ഷിക്കപ്പെട്ടത് ദേഹിയാണോ രക്ഷിക്കപ്പെട്ടത് ആത്മാവാണോ രക്ഷിക്കപ്പെട്ടത് ഉത്തരം നിങ്ങൾക്കറിയാം ഞാൻ സമയം കളയുന്നില്ല നമ്മുടെ ആത്മാവാണ് ഒരു പാപി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ അവൻ്റെ ആത്മാവാണ് സജീവമാകുന്നത് ആത്മാവിലാണ് അവൻ രക്ഷിക്കപ്പെട്ടത് അപ്പോഴും രക്ഷിക്കപ്പെട്ട ശേഷവും എന്തുണ്ടാകും നമുക്ക് തലവേദന ഉണ്ടാകും ഇന്നലെ രാത്രി രണ്ടു മണിക്കൊരു കുഞ്ഞ് വിളിച്ച് പറഞ്ഞു എനിക്ക് അങ്ങൾ തലവേദനയാണ് ഏ രക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് സ്നാനപ്പെട്ട കുഞ്ഞ സഭയിലുള്ള കുഞ്ഞാണ് പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലുള്ള കുഞ്ഞിനും എന്തോ ഉണ്ടാകും തലവേദന ഉണ്ടാകും കാരണം എന്താ ഈ ശരീരം എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല രക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ ശരീരം പഴയ ശരീരം തന്നെ അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അയാളുടെ ആത്മാവാണ് രക്ഷിക്കപ്പെടുന്നത് രണ്ട് അയാളുടെ ദേഹം ശരീരമെന്ന് രക്ഷിക്കപ്പെടും അതെപ്പോഴാണ് ഉണ്ടാകുക നമുക്ക് വാക്യങ്ങൾ നോക്കുക നോക്കാം എങ്കിലും വളരെ വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടും അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരു ശരീരം കിട്ടിക്കഴിയുമ്പോൾ ഈ മോള് വിളിച്ച് പറയുകയില്ല അങ്ങളെ എനിക്ക് തലവേദനയെന്ന് പറയുകയില്ല കാര്യം ആ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ എന്തില്ല തലവേദനയില്ല പനിയില്ല അസുഖമില്ല ഏഹ് ദാഹമില്ല അപ്പം നിങ്ങൾ ബൈബിളറിയാവുന്ന ഒരു ചോദിക്കും ബ്രദറെ അങ്ങൾ അതായത് കർത്താവ് രൂപാന്തരപ്പെട്ട ശരീരത്തോടെ വന്നിട്ട് അപ്പവും മീനും തിന്നല്ലോ എന്ന് ചോദിക്കും വിശപ്പില്ലാഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം വായിച്ചാൽ നമുക്കറിയാം വിശന്നിട്ടല്ല കർത്താവ് അത് കഴിച്ചത് മറിച്ച് എന്താ ഈ ശിഷ്യന്മാർ പേടിച്ചു ഇതൊരു മറ്റോ ആണോ ഒരു ഫാൻഡമാണോ ഒരു ഡമൺ ആണോ എന്നൊക്കെ പേടിച്ചപ്പോൾ അങ്ങനല്ല ഞാൻ നിങ്ങളറിയുന്ന കർത്താവ് തന്നെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാ നിങ്ങൾ അപ്പവും മീനും ഭക്ഷിച്ചത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ രൂപാന്തരപ്പെട്ട ശരീരത്തിന് എന്ത് ഭക്ഷണം വേണ്ട ഓ ഫാൻ വേണ്ട എ സി വേണ്ട ദാഹമില്ല തലവേദനയില്ല പനിയില്ല കാല് തട്ടിയാൽ മുറിയല്ല ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോകാം വാഹനം വേണ്ട തന്നെ നീങ്ങാം ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് രൂപാന്തരപ്പെട്ട ഒരു ശരീരം പക്ഷെ ആ ശരീരത്തിൻ്റെ രൂപാന്തരം ശരീരത്തിൻ്റെ രക്ഷ എവിടെ വെച്ചേ നടക്കുള്ളൂ കർത്താവിൻ്റെ രണ്ടാം വരവിലേ നടക്കുള്ളൂ അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ആത്മ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു നമ്മുടെ ദേഹം എന്ന് എന്ന് രക്ഷിക്കപ്പെടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതെന്നാണ് നടക്കുന്നത് അത് ഭാവിയിലാണ് നടക്കുന്നത് അപ്പോൾ ഭൂതകാലത്തിൽ നമ്മൾ ആത്മാവിൽ രക്ഷിക്കപ്പെട്ടു ഭാവിയിൽ നമ്മുടെ ദേഹം രക്ഷിക്കപ്പെടും അപ്പോൾ ഒരു വർത്തമാനകാലം ഉണ്ടല്ലോ ഈ വർത്തമാനകാലത്തിൽ എന്തെങ്കിലും രക്ഷ നടക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഉണ്ട് നമ്മുടെ ദേഹിയുടെ രക്ഷയാണ് വർത്തമാനകാലത്തെ നടക്കുന്നത് നോക്കുക രക്ഷ എന്ന ആ വാക്ക് സാൽവേഷൻ എന്ന ആ വാക്ക് അതിനൊരു ത്രികാല മാനമുണ്ട് ത്രീ ഡയമെൻഷനിലാണ് ഒന്ന് ഭൂതകാല രക്ഷ നമ്മുടെ ആത്മാവ് ഭൂതകാലത്തിൽ പാസ്റ്റിൽ രക്ഷിക്കപ്പെട്ടു രണ്ട് നമ്മുടെ ദേഹി ഈ വർത്തമാനകാലത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ മൂന്ന് നമ്മുടെ ദേഹം കർത്താവിൻ്റെ വരവിൽ ഭാവിയിൽ രക്ഷിക്കപ്പെടും ഇതാണ് മൂന്ന് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ തൃത്വമാകുമ്പോൾ തന്നെ നമ്മൾ കർത്താവിന് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിലാണ് ആ ഒരു കാര്യം നടന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ നോക്കാം എഫ് ലേഖനം ഈ മൂന്ന് കാലത്തെക്കുറിച്ച് രക്ഷയുടെ ഈ മൂന്ന് കാലത്തെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നോക്കാം എഫ് എ സുർ കരുതി അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എഫ് എസോസിലുള്ള വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക കുഞ്ഞുങ്ങളെ നിങ്ങളെ രക്ഷിക്കപ്പെട്ടവരാ നിങ്ങൾ കൃപയാൽ അത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവർ നേരത്തെ പൗലോസിൻ്റെ ഒരു പ്രസംഗം കേട്ടു അല്ലെങ്കിൽ സുവിശേഷകന്മാർ പറഞ്ഞു അവർ കർത്താവിനായിട്ട് തങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചപ്പം അവരുടെ ആത്മാവ് രക്ഷപ്പെട്ടു അതിനാൽ ഇവിടെ പറയുന്നു ഇത് നിങ്ങൾ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പാസ്റ്റൻസിലാണ് ആ സെൻറ്റൻസ് പാസ്റ്റെൻസില് എന്നാൽ നമുക്ക് എബ്രായം ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം നോക്കാം എബ്രായലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് അവിടെ നമ്മൾ കാണുന്നു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമ്പാൻ ഒരിക്കൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും നിൽക്കണേ നമ്മൾ വേഗം വായിച്ചു പോയത് നിങ്ങൾക്ക് വാക്ക് കൃത്യമായിട്ട് പിടികിട്ടിയോ എന്നറിയുന്നില്ല നമ്മൾ ഏത് വാക്കിനെയാണ് പിന്തുടരുന്നത് രക്ഷ എന്ന വാക്കിനെയാണ് പിന്തുടരുന്നത് എഫ് എ സിലേനെ രണ്ടിൻ്റെ എട്ടിൽ നമ്മൾ രക്ഷ എന്നുള്ള വാക്കിനെ ഭൂതകാലത്തെ കണ്ടു ഇവിടെ എബ്രാഹൻപതിൻ്റെ ഇരുപത്തെട്ടിൽ രക്ഷയെന്ന വാക്കിനെ നമ്മളെവിടെയായിട്ടാണ് കാണുന്നത് എന്തുവാ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ തനിക്കായി കാത്തു നിൽക്കുന്നവരാരാണ് നമ്മളാ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഇവിടെ പറയുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മളെന്തു ചെയ്യും നമ്മൾ രക്ഷിക്കപ്പെടും അന്ന് നമ്മൾ രക്ഷിക്കപ്പെടും ഇതാണ് രക്ഷയുടെ ഭാവി ഈ രക്ഷ ഏത് രക്ഷയാണ് ആത്മാവിൻ്റെ രക്ഷയാണോ അല്ല ആത്മാവിൻ്റെ രക്ഷ ഭൂതകാലത്തേ നടന്നു ഇത് ഏത് രക്ഷയാണ് ദേഹത്തിൻ്റെ രക്ഷയാണ് നമ്മുടെ മൺമയമായ ഈ ശരീരം തൻ്റെ മൺമയമായ ശരീരത്തിന് തുല്യമാകുന്ന ആ രക്ഷ രക്ഷയുടെ ഭാവികാല അനുഭവം അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രക്ഷയുടെ ഭൂതകാലം പറഞ്ഞു രക്ഷയുടെ ഭാവികാലം പറഞ്ഞു ഇനിയും രക്ഷയുടെ വർത്തമാനകാലം നോക്കാം റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ അഞ്ചാമധ്യായം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ ഈ കാര്യം പറയുന്നുണ്ട് അതായത് രക്ഷയുടെ വർത്തമാനകാലാനുഭവം പറയുന്നു ഒൻപതാം അധ്യായം റോമർ കൃതി ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക അവിടെ ഞാൻ റോമർ കെതി ലേഖനം അഞ്ചാമധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളാണ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് റോമർ അഞ്ചിൻ്റെ ഒൻപത് പത്ത് അവൻ്റെ രക്തത്താൽ നീതികരിക്കപ്പെട്ട ശേഷം അവ നോക്കുക അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് എന്ത് നടന്നു നമ്മൾ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു നമ്മുടെ ആത്മാവ് സജീവമായി എന്നിട്ട് ഇവിടെ പറയുന്നു നാം ഈ ലോകത്തിൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടും എന്ന ഈ വാക്ക് മലയാളത്തെ നമ്മൾ വായിക്കുമ്പം ഒരു ഭാവികാല വാക്ക് പോലെ തോന്നുക എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ അല്ലെങ്കിൽ ആ കോണ്ടസ്റ്റിൽ നിന്ന് നമ്മൾ വായിക്കുമ്പം ഈ രക്ഷിക്കപ്പെടും എന്നുള്ളത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു അതായത് വീണ്ടും ജനിച്ച ഒരു ദൈവമകൻ ഇന്ന് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ദിനം എത്രമാത്രം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പത്താം വാക്യവും നോക്കുക ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു നിരപ്പ് വന്നു നിരപ്പ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഭൂതകാല രക്ഷ നടന്നു എങ്കിൽ നിരന്ന ശേഷം നമ്മൾ നിരന്നല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലോ ഇപ്പോഴത്തെ കാലമാണ് പറയുന്നത് എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ കർത്താവിൻ്റെ ജീവിതം മാതൃക കണ്ടുകൊണ്ട് നമ്മൾ എത്രധികമായിട്ട് ദൈനംദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ആ വാക്യം ഞാൻ പറഞ്ഞത് വ്യക്തമാകുന്നുണ്ടോ കുഞ്ഞുങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ എന്താ നമ്മൾ രക്ഷിക്കപ്പെട്ടു പക്ഷെ അതുപോരാ നമ്മളെന്തോ ചെയ്യണം നമ്മളെ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം അതെവിടെയാണ് നടക്കേണ്ടത് നമ്മുടെ ദേഹിയിലാണ് നടക്കേണ്ടത് നമ്മുടെ വികാരത്തിലാണ് നടക്കേണ്ടത് നമ്മുടെ വിചാരത്തിലാണ് നടക്കേണ്ടത് നമ്മുടെ തീരുമാന നടക്കേണ്ടത് എന്നാൽ നമ്മൾ ശരിക്കുള്ള രക്ഷ അതായത് ദേഹത്തിൻ്റെ കൂടെ രക്ഷ തൃത്വത്തിലെ മൂന്നാമത്തെ ഘടകമായ ദേഹത്തിൻ്റെ കൂടെ രക്ഷ അതെന്ന് പ്രാപിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവിൽ അന്ന് നമ്മൾ രക്ഷ നമ്മുടെ രക്ഷ പൂർത്തിയാകും പൂർണ്ണമാകും നമ്മൾ ഇന്ന് ദൈനംദിന ജീവിതത്തിൽ ഈ രക്ഷയെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട് എന്തിൽ നിന്നുള്ള രക്ഷയാണ് പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ നമ്മൾ കർത്താവിനായിട്ട് ജീവിതം സമർപ്പിച്ച് നമ്മുടെ ആത്മാവ് സജീവമായപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പം പാപത്തിൻ്റെ എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ക്ഷമിക്കണം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത് നമ്മൾ രക്ഷിക്കപ്പെട്ട ആൾ ഇന്ന് മരിച്ചു പോയാലും അയാൾക്ക് എന്തില്ല അയാൾക്ക് നരകശിക്ഷയില്ല നരകശിക്ഷയില്ല അപ്പോൾ പാപത്തിൻ്റെ ഫലമായുള്ള ശിക്ഷയിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കപ്പെട്ടത് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പം അവിടെ എന്തോ സംഭവിക്കുന്നത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ നിരന്തരം നിരന്തരം രക്ഷിക്കപ്പെട്ടുകൊണ്ട് മോചിതരായി മോചിതരായി വരിക അല്ലേ നിങ്ങൾ പത്ത് കൊല്ലം മുമ്പ് രക്ഷിക്കപ്പെട്ടു പക്ഷേ അന്നുള്ള പല പ്രശ്നങ്ങളും ഇന്ന് നിങ്ങൾക്കുണ്ടോ നിങ്ങളൊരു പൂർണ്ണമനസ്കനായ ക്രിസ്ത്യാനി ആണെങ്കിൽ അന്ന് രക്ഷിക്കപ്പെട്ട ശേഷവും കള്ളം പറയുന്ന ചില അനുഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാര്യത്തിൽ എന്നെ ജയം നേടി അല്ലെങ്കിൽ നിങ്ങളെ നിരന്തരം വീഴ്ത്തുന്ന പല പാപപ്രലോഭനങ്ങളുണ്ടായിരുന്നു അതിൻ്റെ മേലൊക്കെ നിങ്ങൾ വിജയം നേടി വിജയം നേടി രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഓക്കെ അത് നമ്മുടെ ദേഹിയിൽ നിരന്തരം നടക്കുന്നതാണ് നമ്മൾ പൂർണ്ണ മനസ്കരാണെങ്കിൽ നമ്മൾ നോക്കുക രക്ഷിക്കപ്പെടുന്ന അപ്പൊ പാപത്തിന്റെ ശക്തി നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരിക പാപത്തിന്റെ ശക്തി ഒരുക്കാൻ നമ്മൾ വളരെ വളരെ വലിയ പിടിയായിരുന്നു പക്ഷെ ഇന്ന് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ നമ്മൾ പാവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഇനിയും എങ്കിലും എന്തുണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മൾ ഈ ഹോളിൽ ഇരിക്കുമ്പോൾ ഇല്ല അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തുണ്ട് പാപം വന്ന് നമ്മളെ മുട്ടി വിളിക്കുക അവിടെ സിനിമാ പോസ്റ്ററായിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും ബസേലിരിക്കുന്ന ആളായിട്ടും കടയിലിരിക്കുന്ന ഒന്നായിട്ടും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങളിരിക്കുക അവിടെ വരുമ്പോൾ ഈ പാപത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് നമ്മൾ പറയും ആഹാ ഞാൻ രക്ഷിക്കപ്പെട്ടതും രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതുമായ ഒരാളാണ് പിന്നെ ഈ പാപമൊക്കെ എൻ്റെ അടുത്ത് എങ്ങനെയാണ് വരുന്നത് ഈ ലോകമെന്തല്ല ലോകം വീണ്ടെടുക്കപ്പെടാത്ത ഒരു ലോകമാണ് ഇവിടെ പാപത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എത്ര നമ്മൾ വിശുദ്ധരായാലും പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ലോകത്തെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കഴിയാനൊക്കെ അപ്പോൾ ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മൾ ഭാവിയിൽ രക്ഷിക്കപ്പെടും എപ്പോൾ രക്ഷിക്കപ്പെടും കർത്താവ് വീണ്ടും വന്ന് ഈ ലോകത്തെ മാറ്റി കർത്താവിനോടൊപ്പം നമ്മളായിരിക്കുമ്പം അവിടെ എന്തില്ല പാപത്തിൻ്റെ സാന്നിധ്യം പോലും കണ്ടോ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ ഭൂതകാല രക്ഷ അത് നമ്മുടെ ആത്മാവിലാണ് നടക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു രണ്ട് വർത്തമാനകാലത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക ദിനംപ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭാവിയിൽ നമ്മൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മൾ രക്ഷിക്കപ്പെടും ഇതാണ് നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ഇത് സംബന്ധിച്ച് ഒട്ടേറെ വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ എങ്കിലും നമ്മൾ പാപവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം ഇവിടെ രക്ഷിക്കപ്പെട്ടു നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ ലഭിച്ചത് റോമറാഞ്ചില് ഇതാ നമ്മൾ വായിക്കുന്നു അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നമ്മുടെ ആത്മാവ് സജീവമായി നമ്മൾ രക്ഷിക്കപ്പെട്ടു പക്ഷെ അന്നേരം നമ്മൾ എന്തോ ചെയ്യുന്നു നീതീകരിക്കപ്പെടുക ചെയ്യുന്നു നമ്മളെന്ത് ചെയ്യും നമ്മുടെ പഴയ ആ പാപത്തിൻ്റെ കറകളെല്ലാം മാറ്റി കർത്താവിൻ്റെ നീതി നമ്മളെ ധരിപ്പിക്കും നമ്മൾ നീതി നീതീകരിക്കപ്പെടും ആട്ടെ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പം നമ്മിൽ എന്തുവാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മിൽ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക വിശുദ്ധീകരണം ഹോളിനസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ടുള്ള അത്രയും പല പാപപ്രലോഭനങ്ങളും നമ്മളെ പിടിക്കുന്നില്ല നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ വിശുദ്ധരായിക്കൊണ്ടിരിക്കുക ഭാവിയിലോ ഭാവിയിൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതായത് നീതീകരണം നടന്നു വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ഭാവിയിൽ കർത്താവിൻ്റെ വരവിൽ മാത്രമാണ് മഹത്വവൽക്കരണം നടക്കുക ഗ്ലോറിഫിക്കേഷൻ മൂന്ന് വാക്കുകളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ നീതീകരിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടപ്പോൾ നീതീകരിക്കപ്പെട്ടു ഇന്ന് നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ് അത് മഹത്വമുള്ള ശരീരത്തോട് തുല്യമായിട്ട് കർത്താവിൻ്റെ വരവിൽ നമുക്കൊരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാകും നീതീകരണം വിശുദ്ധീകരണം മഹത്വീകരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാം എന്താ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു ശരിയാണ് പക്ഷേ നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ നമ്മളിപ്പോഴും പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ലോകത്താണ് അതുകൊണ്ടാണ് പാപ പ്രലോഭനങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നത് ഇത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കരുത് നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കരുത് കാരണം എന്താ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ പാപത്തിൻ്റെ സാന്നിധ്യം ഇന്നുമുണ്ട് അതുകൊണ്ട് പാപ പ്രലോഭനം വരാം ഒരു പ്രലോഭനം വന്നാൽ അത് അതിൽ തന്നെ എന്തല്ല പാപമല്ല നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നു ഒരു ഒരു കാര്യം വന്നു പക്ഷേ അതിനോട് നമ്മൾ യേസു പറഞ്ഞ് അതിനെ നമ്മൾ ഹൃദയത്തിൽ താലോലിക്കുമ്പോഴാണ് അതെന്തായിത്തീരുന്നത് അതൊരു പാപമായിത്തീരുന്നത് കേവലം ഒരു ഫ്ലാഷ് പോലെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാര്യം വന്നു അതിനെ നമ്മൾ അതിൻ്റെ അതെന്താ ഒരു പ്രലോഭനം മാത്രമാണ് ആ പ്രലോഭനം നമ്മൾ ജീവനോടെ ഉള്ളപ്പോൾ മുഴുവൻ കാണും കാരണം ഇത് പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ലോകമാണേ നമ്മുടെ ശരീരം എന്തു ചെയ്യപ്പെട്ടിട്ടില്ല ശരീരം ഇതേവരെ മഹത്വൽക്കരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ പാപ പ്രലോഭനങ്ങൾ വരാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളതിന് കീഴടങ്ങരുത് എവിടാ നമ്മൾ കീഴടങ്ങുന്നത് നമ്മൾ നമ്മുടെ ചിന്തയിൽ നമ്മുടെ വികാരത്തിൽ അതിനെ തുടർന്ന് നമ്മുടെ തീരുമാനത്തിൽ ആ തീരുമാനത്തെ തുടർന്നുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ ആ പാപപ്രലോഭനത്തിന് കീഴടങ്ങുന്നത് കീഴടങ്ങുന്നത് അങ്ങനെ കീഴടങ്ങിയാൽ അത് പാപമായി തീർന്നു നമ്മളതുകൊണ്ട് ദിനംപ്രതി അതുകൊണ്ടാണ് റോമലേഖനത്തിലൊക്കെ പറയുന്നത് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം യോഹനാൻ പറയുന്നു കർത്താവിലീ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യും അവൻ നിരന്തരം നിർമ്മലീകരിച്ചു കൊണ്ടിരിക്കും നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ രക്ഷയുടെ വർത്തമാനകാലമാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളുള്ളപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവ് സജീവമായപ്പോൾ കർത്താവിൻ്റെ നീതി നമ്മളെ ധരിപ്പിച്ചു ഇന്ന് കർത്താവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തെ ജയിക്കാനായിട്ട് കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്തുന്നു എന്നാൽ ഒരു ദിവസം വരും അന്ന് നമ്മൾ പൂർണമായിട്ട് കർത്താവിനോടൊപ്പമായിരിക്കും നീതീകരിക്കപ്പെട്ടു കർത്താവിൻ്റെ നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിച്ചു ആ റോ എ ഷയാവിൻ്റെ പുസ്തകം നോക്കുക അറുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി എന്നെ ഇടുവിച്ചിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ രക്ഷിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെന്താ സൈൻഡാ സൈൻഡാ നീതിമാനാ ഹാ നമ്മൾ പറയും നമുക്കങ്ങനെ വലിയ നീതി തോന്നില്ലല്ലോ എന്നാൽ നമ്മൾ നീതിമാന്മാരാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നീതി നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിച്ചിരിക്കുക സ്വർഗ്ഗം നമ്മളെ എന്തും മുദ്ര കുത്തി സൈൻ്റ് എന്ന് മുദ്ര കുത്തി ഞാനൊരിക്കൽ ഞാനിവിടെ ഇവിടുത്തെ ലോക്കൽ ചർച്ചിലൊരിക്കലൊരു കഥ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരാളുടെ അതായത് എനിക്കറിയാവുന്ന വളരെ വിശ്വാസിയായ ഒരാൾ അദ്ദേഹം ഒരു ഈ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും ഒക്കെ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഒരു കട തുടങ്ങി ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊരു കട തുടങ്ങി കട തുടങ്ങിയപ്പോൾ ആ നമ്മുടെ അച്ചായൻ്റെ ഒരു കട തുടങ്ങുക അദ്ദേഹം ഇമ്മാനുവൽ എന്നുവല്ലമായിരിക്കും കടയ്ക്ക് പേരിടുന്നത് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം സന്തോഷിച്ച് ഈ അച്ചായൻ്റെ കട കാണാൻ ചെന്നപ്പം കടയുടെ മേളിൽ എഴുതി വെച്ചേക്കുക സെൻറ്റ് ജോർജ് സെൻറ്റ് ജോർജ് എന്നാണ് കടയുടെ പേര് ഹൈടോ സെൻറ്റ് ജോർജു സെൻറ് ജോർജ് ആരാണ്ട് ആ കുതിരപ്പുറത്തിരുന്നൊരു കുന്തവും കൊണ്ടൊരു ഒരു നാഗത്താൻ്റെ വായി കുത്തുന്ന ഒരു ചങ്ങാതിയില്ലേ ആ പുള്ളിക്കാരനാണ് സെൻറ്റ് ജോർജ് അത് ആരാ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നാ കണ്ടെത്തിയിട്ടുള്ളത് ആ പുള്ളിക്കാരനാണ് സെൻറ്റ് ജോർജ് ഈ വിശ്വാസിയായി ഈ സഹോദരൻ എന്ത് ഇട്ടേക്കുന്നു അദ്ദേഹത്തിൻ്റെ കടയുടെ പേര് സെൻറ്റ് ജോർജിൽ നിന്ന് ഇട്ടിരിക്കുന്നു ആഹാ ഇദ്ദേഹം വിശ്വാസമൊക്കെ വിട്ട് കത്തോലിക്കാ സഭയെ ചേർന്നോ എന്ന് നമ്മൾ ചിന്തിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ മുറിമുറുത്ത് നിന്നു ചാ എന്നാ ഇങ്ങനെ പേരിട്ട എന്താ കാര്യം അപ്പം പുള്ളി പറഞ്ഞു ഇതിൻ്റെ തെറ്റൊന്നുമില്ല എൻ്റെ പേരെന്തുവാ എൻ്റെ പേര് ജോർജ് എന്നാ പേര് എൻ്റെ കടയാ എന്നെ ദൈവം സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ചു സെൻറ്റ് ജോർജ് ഇത് എൻ്റെ കടയാ അല്ലാതെ മറ്റേ കുതിരയിൽ പുറത്തിരുന്ന് നാഗത്താൻ്റെ വായിൽ കുത്തുന്ന ചെങ്ങാതിയല്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവര് നമുക്ക് ആ ഒരു ഉറപ്പ് വേണം ഞാൻ ആരാ ഞാൻ ചെറിയ പുള്ളി ഒന്നുമല്ല ആരാ സെയിൻ്റ വിശുദ്ധൻ നമ്മൾ ഏ നമ്മുടെ ഒരു പടം എടുത്തു കൊടുത്തേച്ച് വിശുദ്ധൻ എന്ന് വിശേഷിപ്പിക്കാൻ പേടിക്കണ്ട കാരണം ആരുടെ വിശുദ്ധിയാണ് നമ്മുടെ മേലിൽ തന്നിരിക്കുന്നത് കർത്താവിൻ്റെ വിശുദ്ധി അത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പം നടന്നതാണ് അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടിലെ ഒരു തെറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു അതായത് യേശുവിൻ്റെ അടിസ്ഥാനം എന്ന പാട്ടാണ് അതിൻ്റെ അകത്തൊരു ഒരു ഒരു നമ്മൾ സാധാരണ പാടുമ്പോൾ പാപത്താലെന്നിൽ വന്നാ ശാപകറകൾ മാറ്റി ശോപീത നീതി വസ്ത്രം ആഭരണമായി നൽകി എന്നല്ലേ നമ്മൾ പാടുന്നു പക്ഷേ നമ്മളിങ്ങനെ പാടി പാടി പാടിയൊക്കെ വന്നപ്പോൾ ആഭരണമായിട്ട് നൽകിയേ എന്തവിടെ പറഞ്ഞേക്കുന്നു നീതി എന്ന വസ്ത്രം നമുക്ക് എന്തുമായിട്ട് നിന്ന് തന്നു ആഭരണമായിട്ട് തിന്നു ആഭരണമെന്താ ആഭരണമെന്ന് വെച്ചാൽ അതൊരു അലങ്കാരമാണ് ആഭരണമില്ലെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യാം ജീവിക്കാം എന്നാൽ ഒരു വസ്ത്രമില്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ ഒക്കും ഒക്കുകയില്ല നീതി എന്നത് എന്താണ് നീതി എന്നുള്ളത് ഒരു അങ്കീയ വസ്ത്രമാണ് അല്ലാതെ അതൊരു അലങ്കാരമല്ല അതൊരു എസൻഷ്യൽ ഘടകമാണ് നീതി എന്ന അങ്കി ധരിക്കാതെ രക്ഷിക്കപ്പെട്ട ഏതോ എൻ്റെ മേലും സ്വർഗം ആ നീതിയുടെ അങ്കി ധരിപ്പിരിച്ചിരിക്കുക അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നോക്കി വന്നപ്പം നമ്മുടെ പാട്ടുപുസ്തയിൽ വന്ന തെറ്റാന്ന് ഞങ്ങൾ കണ്ടെത്തി ഏ ഞങ്ങളത് ഇങ്ങനെ തിരുത്തിപ്പാടി പവത്താലിൽ വന്നാ ശാപകറകൾ മാറ്റി ശോഭീത നീതി വസ്ത്രം ആവരണാമ നൽകി എന്താ കർത്താവ് ചെയ്തത് ഓ രക്ഷിക്കപ്പെട്ടപ്പം ആ നീതിയുടെ വസ്ത്രം എനിക്ക് എൻ്റെ മേലെ ആവരണം ആവരണം ആവരണം ആവരണം എന്നുള്ളതിലെ വാ മാറി നമ്മളടിച്ച പെൺകുട്ടി ഡി ടി പി ചെയ്ത പെൺകുച്ച് അവൾക്കാകെപ്പാടെ ആഭരണേ അവൾ ആ വായ്ക്ക് വരെ ഫായ അടിച്ചു എന്നുള്ളതാണ് തെറ്റ് തിയോളജിക്കലി അത് തെറ്റാണെന്ന് നമ്മളെ കണ്ടെത്തി എന്താ നീതിയുടെ അങ്കി നമുക്ക് ആവരണമായിട്ട് വേണം അല്ലാതെ നമുക്കതൊരു എന്തല്ല ഒരു അലങ്കാരമല്ല അതൊരു എസെൻഷ്യൽ ഘടകമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ വായിച്ചു എസ് പുസ്തകത്തിൽ കർത്താവ് എന്തോ ചെയ്തു എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ സെയിൻഡായി മാറി നീതിയുടെ അങ്കി നമ്മളെ ധരിപ്പിച്ചു ഓക്കെ ഓക്കെ നമുക്കത് തൃപ്തിയുണ്ട് സന്തോഷമുണ്ട് അപ്പത്തന്നെ അപ്പം തന്നെ നമ്മളെന്താ ഇനിയും വീണ്ടെടുക്കപ്പെടാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയും മഹത്വവൽക്കരിക്കപ്പെടാത്ത ഒരു ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഇന്ന് രക്ഷയുടെ വർത്തമാനകാലമാണ് പ്രധാനം അല്ലേ രക്ഷയുടെ ഈ മൂന്ന് കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ മൂന്ന് കാലത്തിൽ ഇന്ന് നമുക്ക് പ്രസക്തമേതാ രക്ഷയുടെ ഭൂതകാലമാണോ ഭൂതകാലം പ്രസക്തമാണ് ഏതാ നമ്മൾ ബൈബിളെ കുറിച്ച് വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസം അഞ്ചാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു അതുപക്ഷേ ഇന്ന് നടന്നു ഭൂതകാലത്തെയും നടന്നു ഇനിയിപ്പം അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് അതുപോലെ തന്നെ ഭാവി കാലം കർത്താവ് വരുമ്പോൾ എൻ്റെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും അതുപക്ഷേ കർത്താവ് വരുമ്പോൾ കർത്താവ് ചെയ്തോളും നമ്മൾ അതിനായിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട കർത്താവ് അത് ചെയ്തോളും പിന്നെ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ അത് നിരന്തരം നിരന്തരം നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ ദേഹിയിൽ രക്ഷിക്കപ്പെടുക നമ്മുടെ ചിന്തയിൽ നമ്മുടെ വികാരത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക കർത്താവ് അങ്ങനെയാണ് താനീ ഭൂമിയിൽ നടന്നത് എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നുണ്ടല്ലോ എബ്രാഹിം ലേഖനം പത്താം അധ്യായം പത്താം അധ്യായത്തിൻ്റെ അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഹന്നയാകും വഴിപാട് നീശിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു ശരീരമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതിനോട് ചേർത്ത് നമുക്കൊരു ദേഹി ദൈവം തന്നിരിക്കുന്നു തീരുമാനമെടുക്കാനുള്ള ആ തീരുമാനമെടുത്തിട്ട് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടാണ് അത് എക്സർസൈസ് ചെയ്യുന്നത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു ശരീരം തന്നിരിക്കുന്നു ഏ ഇതാ ഞാൻ വരുന്നു എന്നെക്കുറിച്ച് പുസ്തക ചൂടുള്ള എഴുതിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യും ഞാൻ എൻ്റെ ഇഷ്ടത്തെ മാറ്റിവെച്ചിട്ട് നിൻ്റെ ഇഷ്ടം ചെയ്യും സത്യത്തിൽ നമ്മൾ ഓരോ പ്രശ്നത്തിന് മുമ്പേ വരുമ്പോഴും നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് നടത്തുന്നത് ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുമോ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ പരീക്ഷയിൽ ഇരിക്കുന്നു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നു പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവൻ ഒരു അവനൊരു കുറിപ്പ് കൊണ്ടുവന്ന് അതെല്ലാം പകർത്തി എഴുതിയേച്ച് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് നമ്മുടെ നമുക്ക് നീട്ട് എടാ എടാ എന്നാൽ നോക്കി എന്നാൽ എഴുതിക്കോ എന്ന് പറഞ്ഞൊരു കുറിപ്പടി നമുക്ക് തരിക തരുമ്പം നമ്മുടെ മുമ്പിൽ എന്തുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഈ ചെങ്ങാതി വെച്ച് നീട്ടുന്ന കുറിപ്പടി വാങ്ങിച്ചിട്ട് സാറിൻ്റെ കണ്ണ് വെട്ടിച്ച് അത് പരീക്ഷാ പേപ്പറിൽ എഴുതി വെച്ചാൽ നമുക്കെന്തോ കിട്ടും നമുക്ക് ആ പരീക്ഷയോ കഴിഞ്ഞ് ആൻസർ പേപ്പർ കിട്ടുമ്പോൾ നമ്മളും ജയിച്ചു അല്ലെങ്കിൽ ആ നമുക്കും നല്ല മാർക്കുണ്ട് ഒത്തിരി നേട്ടമാണ് ഒത്തിരി സാധ്യതയാണ് ഈ കുറിപ്പടി വെച്ച് നീട്ടുമ്പോൾ നമ്മുടെ താല്പര്യം എന്താ നമ്മുടെ സ്വാഭാവിക താല്പര്യം എന്താ ഓ ഇപ്പോൾ സാറും വേറെ ഏതാണ്ട് പത്രമൊക്കെ വായിച്ചിരിക്കുക ഇപ്പോൾ അത് വാങ്ങിച്ച് എഴുതി വെച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ലേ എന്തെല്ലാം ആളുകൾ ചെയ്യുന്നു ഞാനങ്ങനൊന്നും ഒത്തിരി കാര്യമൊന്നും ചെയ്തില്ല ഇത് ദൈവം തന്നെ ആ പയ്യനിലൂടെ പ്രവർത്തിച്ച് എനിക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാണ് കേട്ടോ കർത്താവിൻ്റെ ഓരോ ഇടപാടുകൾ കേട്ടോ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നു കണ്ണ് കണ്ടിട്ടില്ല ചൊവി കേട്ടിട്ടില്ല അല്ലേ അങ്ങനെ നമുക്ക് എടുക്കരുതോ എടുക്കാം പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ അവിടെ നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത് നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുന്നത് എന്നാൽ അപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ രക്ഷിക്കപ്പെട്ട ആളായതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളോട് പറയും അരുത് എന്തുകൊണ്ടാണ് നീ പരീക്ഷയെക്കള്ളം കാണിക്കാൻ ഒക്കുകയില്ല മറ്റവനത് ചെയ്യാം അവനത് വെച്ച് നീട്ടിയെന്ന അതുകൊണ്ട് അതിനോട് നോ എന്ന് പറയുക എന്ന് നമ്മുടെ ഉള്ളിലെ ആത്മാവ് പറയും നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും എന്ത് പറയും ആ കുറിപ്പടി വാങ്ങിച്ചോ ഇപ്പോഴാ തരം കർത്താവ് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഇപ്പം തന്നതാ വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്ന് പറയും ഇവിടെ ഒരു വടം വലിയ നടക്കുന്നത് ടു ബി ഓർ നോട്ട് ടു ബി വേണോ വേണ്ടായോ ഇതിൻ്റെ ഇവിടെ കുരിശ് ക്രോസ് ക്രോസ് എന്ന് ഒത്തിരി ആൾ കൊണ്ട് നമ്മൾ പറയുന്നത് എന്ത് വെച്ചാൽ ഈ ക്രോസ് ഇവിടെ വന്നാൽ ഈ സി എഫ് എപ്പോഴും ക്രൂശ് ക്രൂശ് എന്നു പറയും എന്തോ ഈ ക്രൂശ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ ഒരു ക്രോസ് ക്രോസ് ഉണ്ട് എന്താ ക്രോസ് ക്രോസ് എന്ന് വെച്ചാൽ അന്യോന്യം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹിതമുണ്ട് ആ ഹിതത്തിനെതിരെ ദൈവഹിതം ഇങ്ങനെ നിൽക്കുന്നു നമ്മളിതിൽ ഏത് തിരഞ്ഞെടുക്കും കർത്താവ് എന്താ തിരഞ്ഞെടുത്തു എബ്രാഹി ലൈനം പത്തിൻ്റെ ഒമ്പതേ പത്തെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു പിതാവേ നീ എനിക്കൊരു ശരീരം തന്നു ഈ ശരീരം കൊണ്ട് ഞാൻ നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യും Your will, not my will, but your will. Not my will... payment about location death, many times as we march, There is a devotion, after moving in to our城, may see... If youifer 2 things alone was coming, no matter what, if not answer to all those given us. Kocaron kocaron. Every book, നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെക്കുന്നിടത്ത് ഒരു വേദനയറിയും ഒരു വേദന അറിയും ക്രൂശിലെപ്പോഴും വേദനയുണ്ട് കർത്താവ് ക്രൂശിനെ നിഷേധിച്ചില്ല നമ്മളോ നമ്മൾ ദിനംതോറും വർത്തമാനകാല ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ദേഹിയിൽ രക്ഷിക്കപ്പെടുക ചിന്തയിൽ വികാരത്തിൽ ഒക്കെ രക്ഷിക്കപ്പെടുകയെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ നോക്കുക സത്യത്തെ നിങ്ങൾ പറയും ബ്രതറേ ആ കുറിപ്പടി വാങ്ങിച്ചെഴുതുമ്പോൾ നമ്മുടെ കൈ അല്ലയോ എഴുതുന്നത് നമ്മുടെ ശരീരമല്ലയോ പക്ഷെ ശരീരമാണത് ചെയ്യുന്നതെങ്കിലും നമ്മളെ ഉള്ളിൽ ഒരു തീരുമാനം നമ്മുടെ ദേഹിയിലാണ് നമ്മൾ എടുത്തത് അതിനെ നമ്മൾ കൈ നീട്ടിയതും ആരും കാണാതെ സാറ് കാണാതെ ഇത് എഴുതി വെച്ചതും അല്ലേ അപ്പോൾ എവിടെ അതിൻ്റെ തുടക്കം ദേഹിയിലാണ് നമുക്ക് ഇന്ന് രക്ഷ വേണ്ടത് എവിടാ ദേഹിയിലാണ് രക്ഷ വേണ്ടത് ആ ദേഹിയിലെ രക്ഷ നമ്മൾ അനലൈസ് ചെയ്ത് വന്നപ്പം അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഏതിലാണ് നോട്ട് മൈ വില് ബട്ട് യുവർ വില് എന്ന് പറയുന്നിടത്ത് ക്രൂശിലാണ് അതുകൊണ്ടാണ് നമ്മൾ സി എഫ് ഇത്രയും ക്രൂശ് ക്രൂശ് എന്ന് പറയുന്നത് ഈ ആത്മീയമായ കാര്യം എല്ലാം കണ്ടോ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതില്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം ക്രൂശിനെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ അങ്ങനെ എത്ര പേര് തയ്യാറാവും നമ്മൾ രക്ഷിക്കപ്പെട്ടു ഓക്കെ പക്ഷെ ഇന്ന് ദിനംതോറും രക്ഷിക്കപ്പെടാൻ നമ്മൾ തീരുമാനിക്കുന്നു അതോ അതോ ഇപ്പോഴത്തെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നമ്മളിതിനെ വിട്ടുകളയാനായിട്ട് പോകുന്നു ഹരിതേ ഹരിതേ നി മണ്ണെ പ്രതി മാണിക്കം വെടിയുകയില്ല ഞാൻ ഇന്നലെ സാജു പറഞ്ഞല്ലോ ഒരു പാട്ടിൻ്റെ വരി മണ്ണെ പ്രതി നമ്മൾ മാണിക്കം വിടിയില്ലേ നിത്യജീവനെ പിടിച്ചുകൊള്ളുക പിടിച്ചുകൊള്ളുക സാക്ഷാൽ ഉള്ള ജീവനെ ഹോൾഡ് ഓൺ പിടിച്ചുകൊള്ളുക പിടിച്ചുകൊള്ളുക പിടിക്കുക അതുകൊണ്ട് ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകളായിട്ട് നിങ്ങളായിരിക്കണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് പക്ഷെ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ക്രൂസിനവിടെ ഒരു പ്രസക്തിയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റേറ്റെടുക്കുക ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം അതിനി അധിക നാളുകളില്ല ലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിളിച്ചറിയിക്കുക ജെറുസലേം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു പല കാര്യങ്ങൾ വരിക ഇനിയിപ്പോൾ അധികനാളുകളില്ല കർത്താവ് വീണ്ടും വരും അന്ന് താൻ പ്രതിഫലം വിഭജിക്കും രക്ഷയെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് വലിയ ആഴമുള്ള ഒരു സബ്ജക്റ്റാണ് ഓ നമുക്ക് രക്ഷയോട് ചേർന്നൊരു പദവിയുണ്ട് എന്താ പദവി നമ്മൾ ദൈവമക രണ്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ നമ്മൾ ഇന്നിരിക്കുമ്പം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് പക്ഷപാതം ചെയ്തു കൊണ്ടിരിക്കുന്നു കർത്താവ് നമുക്ക് പ്രതിഫലം തരും രക്ഷയോട് ചേർന്നുള്ള മറ്റൊരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തല്ലേ ഇന്ന് നമുക്ക് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കാം ഈ രംഗത്ത് നമുക്ക് സഹായിയായിട്ടാരുണ്ട് കർത്താവുണ്ട് കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് എന്നു മറ്റൊരു കാര്യസ്ഥൻ മറ്റൊരു കാര്യസ്ഥൻ ഒരു കാര്യസ്ഥനല്ല രണ്ട് കാര്യസ്ഥന്മാർ നമുക്കുണ്ട് നമുക്ക് രണ്ട് ഹെൽപ്പർമാരുണ്ട് ഒന്ന് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് രണ്ട് ഇന്ന് നമ്മെ ശക്തിപ്പെടുത്താൻ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാൻ നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനമുണ്ട് നോക്കുക രണ്ട് രണ്ട് എഞ്ചിനുള്ള ഒരു ട്രെയിൻ പോലെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ ഒരു ട്രെയിൻ വരും ആ ട്രെയിൻ എന്തേയുള്ളൂ മുമ്പിൽ മാത്രമേ മുമ്പിൽ മാത്രമേ എൻജിനുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് കമ്പാർട്ട്മെൻറ്റിനെ വലിച്ചോണ്ട് പോകണം ഏത് ഈ മുമ്പിൽ പോകുന്ന എഞ്ചിൻ എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ചില വേറെ ചില ട്രെയിൻ വരും ആ ട്രെയിൻ എന്തുണ്ട് മുമ്പിലും ഒരു എൻജിനുണ്ട് പുറകിലും ഒരു എഞ്ചിനുണ്ട് മുമ്പിലുള്ള എൻജിന് ഈ കമ്പാർട്ട്മെൻറ്റുകളെല്ലാം വലിക്കും പുറകിലുള്ള എൻജിൻ ഈ കമ്പാർട്ട്മെൻറ്റുകളെയെല്ലാം തള്ളിക്കൊടുക്കും നമ്മളാരാ നമുക്ക് രണ്ട് കാര്യസ്ഥന്മാരുണ്ട് രണ്ട് ഹെൽപ്പർമാരുണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് നമുക്ക് ദൈവസന്ധിയിൽ എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് കേട്ട നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു വാക്ക് എനിക്കായി